ൂപശാത്തേ ശാത്തപാവനം അചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ തുന്തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസ്സാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത്വ്യാപ്തേഹിമൂർത്തേ നമ യന്ത്മധ്യം നരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണി പുരുഷോ നസം നീ നമരണം നം പാപം തം നോ തഹജ സമരസം സദ്ഗുരും തം നമാമി സദാശിവസമാരംഭാ ശമധ്യമാം അസ്മദാര്യപര്യത്തം വന്ദേ ഗുരുപരം പരാനവ്യാഖ്യകട്രഹ്മത്തം യുവാനം വർഷിട്ടാത്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കരകളിതചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേം േവിഭാസകാതയേ ശാ സദിഗീന്ദ്രസംഗവ യോഗീന്ദ്രവ്യ മോഹധ്വാന്തവാകരാ ഭഗവത്പാദിതാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തമണം ഗഭീരം ചിന് വിഹീനം ഹൃദയ ചിന്തയാഹം മൃണ്മയവജ്ജടാത്മകഹം ബുദ്ധിർന്നിട്ടോ നാഹം തദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധയാ ദൃഷ്ട്ത്മനിഷാത്മന സോഹം സ്ഫൂർത്തി അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധാബേ കവളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാത്മൻ അരുണോഭവ ചിത്തകുവിസായ ്യരുചലസർവൂസ് പ്രലീനമേതം ഹൃദ്യഹത്മതയാൃത്യുഭോ തേ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യന്ത പ്രവിഷ്ടയാമലധ്യാ അവഗമ്യ സ്വം ൂപ്പം ശാമയരുണാചലത്വ നദീവാബൗ തഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസാത്ത योगी പശ്യത്തിയോീ വീധിതിരുണാചലത്യ മഹീയം തേ ർപ്പനസ പശ്യൻ സർവൃതികയാ സതതം ഭജത്തെ അനന്യീയാജയത്യരുണാചലത്യസുഖേ മഗ്ന ശോണപ്രഭം സോമകലാവസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാ ണപ്രിം നൌമി പിന്നകെ കോണത്രയസ് കൂലദൈവതം भवानीं ഭസണസുധാനദീം ചൂടോത്തം സിതചന്ദ്രചാരു सिदचंद्रचारुकलिकां കാഞ്ഞ്ചർഷി ഭസ്വരൂ ലീലാദവിലോലക ശ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിരപ്രാഗ്ഭാരുച്ഛാടയൻ ചേട്ട സദ്ഗി വിജയത്തെ ജാനപ്രദീപോഹരജവദുജസ്മാക്കും സന്നധി സധിം കിയാത് ചസമാന കാതാരാജസ്തു മൂക്കാമപുരധുനീകൈഭവം ശ്രീകാക്ഷീനഗരീ വിഹാരരസി ശോകാഹന്ത്രീ സേക പുണ്യപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത് പ്രവിശ്യ മമ വാചിമാം പ്രസുപ്തം സഞ്ജീവയ ഖില ശക്തിധനസ്വതം അനാശഹശ്രവണത്വീൻ भगवते ഭഗവത്തെ പുരുഷാഭ്യം അർത്ഥാ പ്രതിബോധിതം ഭഗവത സ്വയം വ്യാസന ഗ്രഥിതാം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവശിം ഭഗവതീം അഷ്ടാദാധ്യം അംബ ം അനുസന്ധാമി ഭഗവത്ഗീതദ്ദേഷിണം നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ലേത്ര ഏന റായ ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ്രപന്നിജാതോത്രവേത്രൈകണയേം ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമ സർവോപനിഷദോ ഗാവോ ദുഗ്ധാഗോനന്ദന പാർ വത്സുധീർഭോക്തഗ്ധം ഗീതമൃതം മഹത് വസുദേവസുതം देवं, കംസാണൂരമർദ്ധനം ദകീ പരമാനന്ദം കൃഷ്ണം വേ ജഗദ്ഗുരു മൂക്കം കരതി വാചാം പങ്കു ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതൻ വന്നി േൈസ്സാംഗപതമോപനിഷദൈർഗായമകാ ധ്യാസ്ഗത മനസാ പശ്യം യോഗിനോ യം ന വിദുസുരാഗണാ ദൈ നമ പാർത്ഥസാരേണ ശ്രാവയ ശുഭിരും പാർസർത്തിഹരോ ദൂർത്തിനരി ഓ Thank mm. you. സത്സംഗം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് ഭഗവത്ഗീതയെ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ച് വേദാർത്ഥ സാര സംഗ്രഹഭൂതം വേദത്തിൻ്റെ അർത്ഥത്തിന്റെ സാരം സംഗ്രഹിച്ച് എടുത്തു തന്നിട്ടുള്ളത് വേദത്തിന് ലക്ഷ്യമായിട്ടുള്ളത് എന്നർത്ഥം വേദം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വേദം ലക്ഷ്യമായിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത് ആത്മജ്ഞാനമാണ് എന്ന് നിരൂപണം ചെയ്തു തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നറിയുന്നതിൽ സമസ്ത വേദങ്ങളും പരിസമാപിക്കുകയാണ് ആത്മജ്ഞാനിക്ക് വേദത്തിന്റെ പോലും ആവശ്യമില്ല മഹാഭാരതത്തിൽ സനത് സുജാതൻ പറഞ്ഞു ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് വേദമുണ്ടായത് എന്നാണ് എന്നുവെച്ചാൽ ആത്മജ്ഞാനം ഇല്ലാത്തവനെ ഇത് ആവശ്യമുള്ളൂ ആത്മജ്ഞാനത്തിന് ഇവൻ വഴിമുട്ടി നിൽക്കുമ്പോൾ ഇവനെ വഴി കാണിക്കാനായിട്ട് വിരിഞ്ഞു വിരിഞ്ഞു വിരിഞ്ഞു വന്നതാണ് ഇത്രയും വലിയ സംഹിത അവിജ്ഞാ വേദസ്തത്തെ ബാവോഭവൻ ആത്മാവിനെ ആരീലി നത് യേ വിദു ഋചാ കരിഷ്യത്തി ഋക് തന്നെ ചോദിക്കുന്നു വേദം തന്നെ ചോദിക്കുന്നു സ്വരൂപജ്ഞാനമില്ലാത്തവൻ ഋക്കുകൊണ്ട് എന്ത് ചെയ്യും എന്നാണ് അപ്പൊ വേദത്തിന് തന്നെ താല്പര്യം വേദ താല്പര്യ നിർണയമാണ് ഭഗവത്ഗീതയും പുരാണങ്ങളും ഒക്കെ വേദാർത്ഥോപബ്രഹ്മണാർത്ഥം വേദാർത്ഥം അതിന്റെ താല്പര്യം നമ്മളെ ഗ്രഹിപ്പിക്കണം പിന്നെ എന്തിനാ ഇത്രയൊക്കെ വിരിച്ചുകൊണ്ട് ചുരുക്കി പറഞ്ഞോടിയോ എന്ന് വെച്ചാൽ പുരാണങ്ങളും ഇതൊക്കെ വിരിച്ചുകൊണ്ട് പോവാൻ നമ്മളുടെ വാസനയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വിരിക്കണത് അല്ലാതെ ആത്മതത്വം പറയാൻ ഇത്ര വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാസനാമണ്ഡലങ്ങളെ വിരിച്ചു കാണിക്കുകയാണ് ഊതയ കർമ്മവാസനാ വിരിച്ചു കാണിച്ചിട്ട് സംഗ്രഹം എന്താ ഉപദേശം എന്ന് വെച്ചാൽ ആർക്കു വേണമെങ്കിലും ജ്ഞാനം സമ്പാദിക്കാം ഭഗവത് കൃപ സമ്പാദിച്ചാൽ മതി ഏത് തലത്തിലുള്ളവനും സമ്പാദിക്കാം അതിൻ്റെ എല്ലാ തരത്തിലുള്ള പോസിബിലിറ്റീസും വിരിച്ചു കാണിക്കുകയാണ് ഭാഗവതം മുതലായ പുരാണങ്ങളൊക്കെ കൊച്ചുകുട്ടികള് വൃദ്ധര് സ്ത്രീകള് പന്ത്രണ്ടാമത്തെ അധ്യായം അല്ല ഭഗവാൻ പറഞ്ഞു ഈ തത്വമൊക്കെ ആരെയുന്നു അവര് സ്ത്രീയോ ശൂദ്രാഹ ആരു വേണമെങ്കിൽ ആവട്ടെ തേപിയാന്തി പരാംഗതി അവരൊക്കെ തന്നെ സ്ത്രീകളാവട്ടെ അറിവില്ലാത്ത കുട്ടികളാവട്ടെ കൊച്ചുകുട്ടികളാവട്ടെ അവർക്കൊക്കെ പോലും കിട്ടുന്നു എന്ന് വെച്ചാൽ ഇത് സാമർഥ്യത്തിനെ ആശ്രയിച്ചുള്ളതല്ല കൃപയെ ആശ്രയിച്ചുള്ളതാണ് അതുകൊണ്ട് സാധ്യമാണെന്നർത്ഥം നമ്മളുടെ സാമർത്ഥ്യമോ കുശലത്തെയോ ഒക്കെ ആണെങ്കിൽ എത്ര കണ്ട് കൗശലമുണ്ടോ അത്ര കണ്ട് സാധിക്കും എന്നാണെങ്കിൽ കൗശലമുള്ള കുറുക്കന്മാരൊക്കെ ജ്ഞാനീളാവും നമ്മളുടെ കൗശലത കൊണ്ട് സാമർത്ഥ്യം കൊണ്ട് കാപട്യം കൊണ്ടൊന്നും ഇത് സാധിക്കില്ല നായമാത്മാ പ്രവചനേന ലഭ്യ നേധയാ നഹുനാശ്രുതേന യമേവൈഷ വൃണുതേ തേന ലഭ്യ തസൈഷ ആത്മാ വിവൃണു തനൂംസ്വാം വേദം തന്നെ പറയുന്നു നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ബഹുനാശ്രുതേന ഈ ആത്മാവ് അനേക ശാസ്ത്രങ്ങളെ പ്രസംഗിക്കുന്നത് കൊണ്ടും മറ്റൊന്നും കിട്ടില്ല എന്ന് നേധയാ ഗ്രന്ഥാർത്ഥ ധാരണാശക്യാ പുസ്തകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നത് കൊണ്ട് കഴിയില്ല പിന്നെ എങ്ങനെയാ യമേ വൈശവ് വൃണുത്തെ ഈ ആത്മാവ് തന്നെ ആരെ വരിക്കുന്നു അവർക്ക് സ്വയമേവ തന്നെ പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്ന് അതൊരു മിസ്റ്ററിയാണ് അങ്ങനെ പറയുമ്പോ കൃപാസിദ്ധാന്തം മുഴുവൻ ഈ മന്ത്രത്തിലാണ് കിടക്കുന്നത് യമേവൈഷ വൃണുതേ ആചാര്യസ്വാമികൾ ഭാഷ്യം എന്താന്ന് വെച്ചാൽ യമേവ യേശ സാധകാവൃണുതേ ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞത് ആരാണോ ഈ ആത്മാവിനെ തന്റെ സർവസ്വമായി വരിക്കണത് എനിക്ക് ആത്മജ്ഞാനം വേണം മറ്റൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്നത് അവന് ഈ ആത്മാവ് സ്വയമേവ തന്നെ പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്ന് അവനകമേ പ്രകാശിക്കണമെന്ന് ആ വരിക്കലുണ്ടല്ലോ എനിക്കത് വേണമെന്നുള്ള തീരുമാനം അതാണ് ഈ മുക്തിയുടെ ബീജം എന്ന് പറയുന്നത് അധ്യാത്മജ്ഞാനത്തിന്റെ ബീജം അല്ലാതെ യോഗസാധനകളോ ഒന്നുമല്ല കാരണം ഇയാൾ ഉള്ളുകൊണ്ട് ഇയാൾ അതിനെ വരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഭഗവത് സാക്ഷാത്കാരം വേണം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആത്മജ്ഞാനം വേണമെന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ പുറമേ ചെയ്ത് എന്തൊക്കെ തന്നെ ചെയ്യുമ്പോഴും അതൊക്കെ തന്നെ ഒരു ജഡമായ ചലനം മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇയാളുടെ കാമന സാധിക്കാനുള്ള ചേഷ്ടായിരിക്കും പാലക്കാട് ഒരു കൃഷ്ണയിരുണ്ട് പഴയ കാലത്ത് ഇവിടെ അഭിദാമ സ്വാമിയുടെ മുമ്പൊക്കെ വന്ന് അദ്ദേഹം ഗീതയും ഭക്തിപരമായിട്ടുള്ള പ്രഭാഷണമൊക്കെ ചെയ്യും അദ്ദേഹം പറയും അമ്മ പറഞ്ഞു കൊടുത്തു അത്രേ ദൈവമേ കൈതൊറാം കേക്കുമാറാകണം പാപമാമ എന്നെ നീ കാക്കുമാറാകണം എന്ന് പഠിപ്പിച്ചെടുത്തു ചെക്കൻ ഇങ്ങനെ വലുതായി കൊണ്ട് വരുന്നു കൊറേ കഴിഞ്ഞപ്പോ പയ്യൻ പാടണത് കേട്ടു അത്രേ ദൈവമേ കൈതൊഴാം കേക്കുമാറാക്കണം എന്താന്ന് വെച്ചാ ആ നാട്ടിലൊരു കേക്കുമാർ എന്ന് പറഞ്ഞൊരു വലിയ പണക്കാരനുണ്ട് അത്രേ ഒരു കേക്കുമാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു കാക്കുമാറെങ്കിലും ആക്കണം എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തൊക്കെ തരം നമ്മൾ പ്രാർത്ഥനയൊക്കെ ചെയ്താലും നമ്മളുടെ ഉള്ളിലുള്ള കാമന അതിനെ മുഴുവനും സ്വാ സ്വാർത്ഥതയ്ക്ക് ഉപയോഗപ്പെടുത്തും അവനവന്റെ സ്വാർത്ഥതയ്ക്ക് അതെങ്ങനെ സാധിക്കണം നോക്കും സ്വാർത്ഥത സാധിക്കാൻ എന്താ വഴിയും നോക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ വരണം വ്യവസായാത്മിക ബുദ്ധി ഗീതയുടെ വളരെ പ്രധാനമായ ചില ആശയങ്ങളിൽ ഒന്നാണ് വ്യവസായാത്മിക ബുദ്ധി കുറുനന്ദന ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിത്മിക ബുദ്ധി ഇപ്പൊ ലോകത്തില് പഠിക്കുന്ന സമയത്ത് പാസ്സാവുക എന്നുള്ള ബുദ്ധി ഉണ്ടാവും ജോലിയെടുക്കണവന് അതിൽ നല്ലവണ്ണം ചെയ്യണമെന്നുള്ള വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവും അല്ലെങ്കിൽ സമ്പാദിക്കണമെന്നുള്ള വ്യവസായാത്മിക ബുദ്ധി ഉണ്ടാവും അതെ ഒന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ വേറെ ഒന്നിനെ പോയി പിടിക്കും പഠിപ്പ് കഴിഞ്ഞാ കഴിഞ്ഞു പിന്നെ ജോലി കിട്ടാനുള്ളതായി അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാനുള്ളതായി അത് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനായി ഇങ്ങനെ ബഹുശാഖാഹി അനന്താശ്ശ ഭഗവാൻ പറയണത് ബുദ്ധിശാലി ആയിട്ടുള്ള ആൾക്ക് ഒറ്റയിടത്തെ അയാളെ കേട്ടുള്ളൂ എന്നാണ് ബാക്കിയൊക്കെ സൈഡാണ് ബാക്കിയൊക്കെ പ്രാരബ്ധാണ് അത് നമ്മള് ഇച്ഛിക്കണ പോലെ നടക്കില്ല വിധിച്ച പോലെ നടക്കുള്ളൂ ശരീരനിർവഹണ തലത്തില് മനോനിർവഹണ തലത്തില് ഈശ്വര നിയതിക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കും നമ്മളുടെ ലക്ഷ്യം ഭഗവാനെ വേണം എന്ന് തീരുമാനിച്ചാൽ ബാക്കിയൊക്കെ നടന്നോളൂ ഭഗവാനെ തന്നെ കിട്ടുമെങ്കിൽ രാമകൃഷ്ണ പരമഹംസരുടെ ഉദാഹരണമാണ് മാന്തോപ്പില് പോയി മാങ്ങ പറിക്കാൻ നിൽക്കുമ്പോ ഒളിഞ്ഞും ആരും കാണാതെയും കല്ലെറിഞ്ഞും പറക്കിക്കൊണ്ട് ഓടുന്നതിന് പകരം ആ മാന്തോപ്പിന്റെ ഓണറുമായിട്ട് ഒത്തിരി സ്നേഹത്തിലായാലും എത്ര വേണമെങ്കിൽ മാങ്ങ തരും അതുപോലെ ആ ഭഗവാനെ അങ്ങോട്ട് കിട്ടിയാൽ ജീവന് വേണ്ട എല്ലാ കാമനകളും ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരദർഷഭ വളരെ സേഫായിട്ട് ഭഗവാൻ പറയാണ് അവന് ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തത് അതായത് അവന്റെ അധ്യാത്മ പുരോഗതിക്ക് കേടുപാട് കൂടാത്തതായ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ തന്നെ നടത്തി കൊടുത്തോളൂ എന്നാണ് അവന് തന്നെ കേടുവരുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാവും അവന് തന്നെ കേടുവരുത്തുന്ന അവനെ തന്നെ അവനെ തന്നെ നശിപ്പിക്കുന്ന ആഗ്രഹങ്ങള് നമ്മളുടെ മനസ്സ് എങ്ങനെയാണല്ലോ നമ്മളുടെ മനസ്സെന്ന് പറയണമെന്നല്ലാതെ ഇതുപോലൊരു ഏടാകൂടം പിടിച്ച സാധനം വേറൊന്നുമില്ല ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്ന് ആഗ്രഹി ഒരു വരം കിട്ടിയാൽ എങ്ങനെയുണ്ടാവും ആലോചിച്ച് നോക്കൂ നമ്മളുടെ സ്വപ്നത്തിനൊന്ന് ചിന്തിച്ചു നോക്കൂ മനസ്സിഷ്ടം പോലെ സഞ്ചരിക്കുമ്പോഴാണല്ലോ സ്വപ്നം കാണുന്നത് അല്ലെ ഡ്രെയിനേജിൽ വീണ പോലെയും മലയുടെ മേലെ വീണ പോലെയും കടലിൽ പോയി വീഴുന്ന പോലെയും ആന കുത്താൻ വരുന്ന പോലെയും രണ്ടു ദിവസം മുമ്പ് പോലും ഒരാളിനോട് പറഞ്ഞു ഇവിടെ താമസിക്കുന്ന ഒരാള് ആന കുത്താൻ വരുന്ന പോലെ സ്വപ്നം കണ്ടു അതുകൊണ്ട് കുത്തണതിന് മുമ്പ് എഴുന്നേക്കാന്ന് വന്നിട്ട് എഴുന്നേറ്റ് ഇതൊക്കെ നടക്കാൻ തുടങ്ങിയാൽ മനസ്സിൽ വരുന്ന ആഗ്രഹമൊക്കെ സാധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അപ്പൊ ഈശ്വരൻ സേഫായിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു എന്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് അങ്ങട്ട് തരിക ചുമതല ഇങ്ങോട്ട് തന്നാൽ നിനക്ക് കേടുപാട് കൂടാത്തതും എനിക്ക് വാസനാക്ഷയം നിനക്കുണ്ടാവുന്നതും നിനക്ക് നന്മയ്ക്ക് വകയായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങളെ കുറിച്ച് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ജനറൽ ആയിട്ട് നമ്മൾ പറയണു ആഗ്രഹിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പക്ഷെ നമ്മളല്ലല്ലോ ഇപ്പൊ ആഗ്രഹിക്കണത് അല്ലേ അതാണ് ചിലരുടെ ചോദ്യം ആഗ്രഹം ഇപ്പൊ അങ്ങനെ വരില്ലേ നമ്മളടുത്ത് ചോദിച്ചിട്ടല്ലല്ലോ എന്നാണ് അപ്പൊ ഭഗവാൻ അവിടെയാണ് നമുക്ക് ഈ യോഗ സാധനങ്ങളൊന്നും അൾട്ടിമേറ്റ് ആയിട്ട് പെർഫെക്റ്റ് അല്ല ഈ ഉപദേശങ്ങളൊന്നും പ്രായോഗികത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം എല്ലാം പെർഫെക്റ്റ് അല്ല അതൊക്കെ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാണ് ഉപേക്ഷിക്കുക ആഗ്രഹിക്കരുത് എന്നൊക്കെ പറയുമ്പോ ഋഷികൾക്കറിയില്ലേ നമ്മളെ കുറിച്ച് അവര് ജനറലായിട്ട് വളണ്ടറി ഡിസയേഴ്സിന് ഉപേക്ഷിക്കുക ആഗ്രഹം വരുമ്പോ നടക്കണമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക എന്നെ അർത്ഥാക്കുള്ളൂ ആഗ്രഹം മനസ്സിൽ വരുമ്പോ ഇതൊക്കെ നടക്കണം എന്നുള്ള നിർബന്ധമില്ലാതിരിക്കുക അത് വരും പലതും വരും അതുകൊണ്ട് ആ വരുമ്പോ ഇതൊക്കെ തന്നെ നടന്നിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക അത്രയാണ് അവര് ആഗ്രഹിക്കരുത് എന്നൊക്കെ പറയണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം ചില ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങൾ എന്ന് പറയണത് ആഗാമി കർമ്മങ്ങള് മനോമണ്ഡലത്തിൽ പ്രാരബ്ധ രൂപത്തിൽ വരുന്ന ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ പറയണത് ഞാൻ സാധിച്ചു എന്നുള്ള ഏത് ആഗ്രഹം കടന്നാലേ നീ വിമുക്തനാവുള്ളൂ എന്ന് നിയമമുണ്ടോ ചിലത് അങ്ങനെ ഉണ്ടാവും ചിലതൊക്കെ അനുഭവിച്ചു തീർത്താലേ ഇയാള് മുക്തനാവുകയുള്ളൂ ഇയാള് സ്വതന്ത്രനാവുള്ളൂന്ന് നിയമമുണ്ടോ അതൊക്കെ നീ എന്റെ അടുത്ത് ഏൽപ്പിച്ചോളൂ ഞാൻ നോക്കിക്കോളാം അതൊന്നും അനുഭവിക്കാനും തീർക്കാനും സാധിക്കാനും നീ നിൽക്കണ്ട ധർമ്മ അവിരുദ്ധ അതാണ് ധർമ്മ അവിരുദ്ധം ധർമ്മത്തിന് വിരുദ്ധമല്ലാത്തതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ധർമ്മം എന്ന് പറഞ്ഞു പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല ധർമ്മം ഈശ്വരൻ അറിയാം ധർമ്മം എന്താന്ന് മഹാഭാരതത്തിൽ ധർമ്മപുത്ര തന്നെ പറഞ്ഞു ധർമ്മ തത്വം നീതം ഗുഹായാം ധർമ്മത്തിന്റെ സീക്രട്ട് ഹൃദയത്തിലാണ് കിടക്കുന്നത് ആര് ശരണാഗതി ചെയ്യണോ അവർക്കെ അറിയുള്ളൂ ധർമ്മം എന്താന്ന് അതാണ് ഭഗവാൻ ഗീതയുടെ അവസാന വാക്ക് അർജുനനോട് പറഞ്ഞത് അവസാനത്തെ ഗീതയിലെ അവസാനത്തെ ആ ശരണാഗതി പറയണതിന് മുമ്പ് ഭഗവാൻ പറയണ ഒരു കാര്യമുണ്ട് ഹേ അർജുന നനക്ക് തോന്നണ പോലെ കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒന്നും നീ സ്വതന്ത്രനല്ല ഞാൻ ചെയ്യില്ല എന്നൊക്കെ നീ പറഞ്ഞാലും ബലമായി പിടിച്ച് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും പ്രകൃതിഹീത്വാം നിയോക്ഷതി യെദ്യാഹങ്കാരമാശ്രിത്യോത്സേതി മന്യസേ മിഥീശ വ്യവസായ സ്ഥിതിസ്വാം നിയോക്ഷ്യ സ്വഭാവന കൗന്യാ നിബദ്ധസ്വേന കർമ്മണ സ്വാഭാവികമായിട്ടുള്ള കർമ്മം കൊണ്ട് നീ ബദ്ധനാണ് അപ്പൊ സ്വാഭാവികമായി എന്റെ പ്രകൃതിയിൽ ചില കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അസുരനാണെങ്കിൽ അസുരവാസനകൾ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നാണോ ഭഗവാൻ പറഞ്ഞത് ചോദിച്ചാൽ അതും അതേന്നാണ് ആചാര്യസ്വാമികൾ വാശ്യത്തിൽ പറയണു വിഷത്ത് കിടക്കുന്ന കൃമിക്ക് വിഷം വിഷമല്ല എന്നാണ് അതുപോലെ ഈ ആസുരീവാസന ഉള്ളവന് മറ്റുള്ളവർക്ക് കേട് വരുത്തുള്ളൂ അവനെ കേടൊന്നും വരത്തില്ല അത്ര പാമ്പ് വിഷം കൊണ്ട് നടക്കണം പാമ്പ് പോലെ അപ്പോ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും നീ വിചാരിച്ച് രക്ഷപ്പെടാനൊന്നും പറ്റില്ല നീ വിചാരിച്ച് ഈ പ്രകൃതിയെ ജയിക്കാൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യൂ നീ നീയാണ് ഡ്രൈവർ എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അതങ്ങോട് വിടുക വിട്ടിട്ട് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഇതാണ് അവസാന വാക്ക് ഈശ്വരൻ സർവപേരുടെയും ഹൃദയത്തില് യന്ത്രാരൂഢാനി ഒരു മെഷീൻ ഡ്രൈവറായിട്ട് ഇരിക്കുന്നുണ്ട് എന്നാണ് ഒരു വണ്ടി ഡ്രൈവറായിട്ട് ഒരു മോണിറ്ററായിട്ട് ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്താ പാൻ വേണ്ടത് തമേവ ശരണം ഗച്ച് അവന് ശരണാഗതി ചെയ്യൂ സർവഭാവേനാണ് നിനക്ക് എന്തൊക്കെ തന്നെ ഭാവങ്ങളുണ്ടോ എന്തൊക്കെ തന്നെ ഉണ്ടോ എല്ലാറ്റിനെയും അങ്ങോട്ട് ശരണാഗതി ചെയ്യൂ ശരണാഗതി ചെയ്താലോ പരാം ശാന്തി ശാശ്വതം എല്ലാ കോൺഫ്ലിക്റ്റും പോയി എല്ലാ ദ്വന്ദ്വങ്ങളും പോയി എല്ലാവിധത്തിലുള്ള പൊരുതലും പൊരുതലുകളും ഒടുങ്ങി ഉള്ളിൽ ശാന്തിട്ടാവും ഈ തത്വം ഇതാണ് ഭാഗവതധർമ്മം ഭാഗവതം എന്ന് വെച്ചാൽ ഭാഗവതം എന്നുള്ള പുസ്തകമല്ല ഭഗവാന്റെ ഉപദേശത്തിന് പേരാണ് ഭാഗവതം ഭാഗവത ഇതം ആ ഭാഗവതധർമ്മം ഇതാണ് ഇത് നിരൂപണം ചെയ്യാനാണ് എല്ലാ ശാസ്ത്രങ്ങളും നമുക്ക് പരമഹിതം വേണമെങ്കിൽ നമ്മളുടെ അഭിമാനത്തിന് അന്തര്യാമിക്ക് കൊടുക്കണം അഭിമാന അല്ല കാര്യം ചെയ്യുന്നത് അന്തര്യാമിയാണ് അവിടെ ശരണാഗതി ചെയ്യണതാണ് ഗീതയുടെ താല്പര്യം താല്പര്യ നിർണയം അഭിമാനം സകല ദോഷത്തിനും കാരണം അഭിമാനം അടങ്ങുന്നത് സകല മംഗളങ്ങളും ശാന്തിയും നിർവൃത്തിയും ഒക്കെ ഉണ്ടാവും നടക്കേണ്ട കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും നമുക്ക് പാരമാർത്ഥികമായ ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യും അതാണ് അഭ്യുദയ നിശ്രേയസഹേതുഹൂ സധർമ്മ ധർമ്മം എന്ന് പറയണ്ടല്ലോ എന്താ ധർമ്മം യത് സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതുഹൂ അതായത് ഈ ലോകത്തിലെ കോൺഫ്ലിക്ട് കൂടാതെ ജീവിക്കാൻ സഹായിക്കുന്നതും പാരമാർത്ഥികമായ തത്വനിശ്ചയത്തിന് ഒതകുന്നതുമായിട്ടുള്ളതാണ് ധർമ്മം ഈ ലോകത്തിലെ യാതൊരു വിധ ചണ്ടയും രാഗവും ദ്വേഷവും കൂടാതെ ജീവിക്കാൻ സഹായിക്കുന്നതും പാരമാർത്ഥികമായ തത്വനിശ്ചയത്തിന് സഹായിക്കുന്നതുമായിട്ടുള്ളതാണ് ധർമ്മം ആ ധർമ്മമാണ് ഭാഗവതം മതം എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത് ഇതിന് വിരുദ്ധമായിട്ട് എന്താ ഇപ്പൊ കുഴപ്പം നമ്മളുടെ ഉള്ളിലുള്ളത് എന്ന് വെച്ചാൽ ഏയ് ഇതൊന്നും ഞാൻ സ്വീകരിക്കില്ല എനിക്ക് ചിലതൊക്കെ ഞാൻ കൽപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെയേ നടക്കുള്ളൂ ആരോ ഒരാള് പറഞ്ഞു ഭഗവത്ഗീതയിൽ എന്താ ഉപദേശം ഇവിടെ തിരുവനന്തപുരത്ത് രാമകൃഷ്ണാശ്രമത്തില് ഉണ്ടായിരുന്നു ഇപ്പൊ സ്വാമി നിസ്വാം സ്വാമി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും ഒരാള് പറഞ്ഞു അത്ര ഗീതയിൽ എന്താ തത്വം എന്ന് വെച്ചാൽ സകല ധർമ്മവും വിട്ടിട്ട് തോന്നിയ പോലെ നടക്ക എന്നാണ് ഞാൻ ഗീത ഉദ്ധരിക്കാമെന്നാണ് അവൻ പറയുന്നത് സർവധർമാൻ പരിത്യജ് യഥേച്ഛസി തഥാഗുരു വേണ്ട സ്ഥലത്തു നിന്നൊക്കെ എടുത്തു എന്നാണ് സർവധർമാൻ പരിത്യജ്യ ഗീതയിലുള്ളതാണ് യഥേച്ഛസി തഥാഗുരു എന്നുള്ളതും ഗീതയിലുള്ളതാണ് ഒന്നും ഒരു സ്ഥലത്തും മറ്റൊന്നും മറ്റൊരു സ്ഥലത്തും ഇതിന് ശിവശങ്കരം പറയും അർദ്ധജരതീയം ഗൃഹ്യത്തെ എന്നാണ് പകുതി പകുതി എടുക്ക ഭാഷ്യത്തിൽ പറയണ ഒരു തമാശയാണ് അർദ്ധചരതീയ ന്യായം അതായത് ഒരാൾക്ക് കോഴിയുണ്ട് അയാൾ മാംസം ഭക്ഷിക്കണവനാണ് അപ്പൊ ഒരു ദിവസം കോഴിയെ തിന്നണമെന്ന് തോന്നി മുട്ടയും വേണം തോന്നി അത്ര പകുതി കോഴി മുട്ടയിടാനായിട്ടും ബാക്കി പകുതി ഭക്ഷിക്കാനായിട്ടും എടുത്തു എന്നാണ് ഇതുപോലെയാണ് ധർമ്മശാസ്ത്രങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന ആളെയാണ് ആസുരി എന്നിവിടെ പറഞ്ഞത് അന്ധം തമഃ പ്രവിശന് ഉപനിഷത് ശ്രുതി പറഞ്ഞു ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാലതാവൃതം കൂരിരട്ടിലാവൃതമായ ആസുര പോവാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഭഗവാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ത്മസംഭാവിതബ്ധാ ധനമാനമദാൻവിതം യജന്മ യൈസ്തേ ദംഭേന അവിധിപൂർവകം ഈ ശ്ലോകത്തിന് ഈ കാലത്ത് ധാരാളം പ്രമാണങ്ങളുണ്ട് ഭഗവാൻ പറയണത്തെ ചില ആളുകള് ധനമാന മതാൻവിതാഹ അവർക്ക് പണുണ്ട് പവർ ഉണ്ട് അത് രണ്ടുകൊണ്ടും നല്ല അഭിമാനം അഹങ്കാരമുണ്ട് ഇനിയിപ്പൊ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരാണെന്നാണ് ഇനി ആരാ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ പ്രമാണം ധനമാന മതാൻവിതാഹ അവരെന്ത് ചെയ്യണു എന്നുവെച്ചാൽ ആത്മസംഭാവിതാഹ അവർക്ക് ഫുൾ റെസ്പെക്ടും അവരുടെ അടുത്ത് മാത്രമാണ് അവർക്ക് ശാസ്ത്രമോ ഋഷികളോ ഒന്നും പ്രമാണമല്ല വേദമോ ഒന്നും പ്രമാണമല്ല ബുദ്ധമതത്തിനോട് എന്തുകൊണ്ട സനാതനധർമ്മത്തിലെ ആചാര്യസ്വാമികൾ ബുദ്ധമതത്തിനെത്തി വലിച്ചെറിയാൻ കാരണം എന്താണ് ബുദ്ധനോട് ആചാര്യസ്വാമികൾക്ക് വിരോധമൊന്നുമില്ല ഒരു ശ്ലോകത്തിലെ യോഗിനാ ചക്രവർത്തി എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നുണ്ട് നമ്മുടെ പുരാണങ്ങളൊക്കെ തന്നെ അവതാരമാണെന്നൊക്കെ പോലും പറയണ്ടത് ബുദ്ധഭഗവാന് പിന്നെ എന്തിനാണ് ബൗദ്ധമതത്തിനോട് ഒരു വിരോധം എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലെ വെളുപ്പായിട്ട് ആചാര്യസ്വാമികൾ കാര്യം പറയണ്ടേ ഒരാള് അവതാരമായിരിക്കട്ടെ എത്ര മഹാത്മാവായിരിക്കട്ടെ എന്തൊക്കെ തന്നെ ആയിരിക്കട്ടെ അയാളുടെ സദ്ഗുണങ്ങളൊന്നും തന്നെ അയാളെ പരമപ്രമാണാക്കില്ല അവതാരം തന്നെയാണെങ്കിൽ പോലും അതായത് കൃഷ്ണനടക്കം കൃഷ്ണനടക്കം കൃഷ്ണനായതുകൊണ്ട് പ്രമാണമാവില്ല എന്നാണ് കൃഷ്ണനടക്കം കൃഷ്ണനായതുകൊണ്ടോ രാമൻ രാമനായതുകൊണ്ടോ ശങ്കരൻ ശങ്കരനായതുകൊണ്ടോ വ്യാസൻ വ്യാസനായതുകൊണ്ടോ പ്രമാണമാവില്ല പിന്നെയോ പരമ്പര പരമ്പരയായി അനേകം ജ്ഞാനികൾ കണ്ടെത്തിയ സത്യത്തിനെ അല്പം പോലും മാറ്റം കൂടാതെ വ്യതിചലിപ്പിക്കാതെ പറയണം ഗീതയെ ഗീതയുടെ മഹിമ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന ആചാര്യസ്വാമികൾ പറയാൻ കാരണം ഭഗവാൻ അവതരിച്ച് കൃഷ്ണാവതാരത്തില് ഗീതാതത്വം ഭഗവാൻ ഉപദേശിച്ചു പക്ഷെ ഭഗവാൻ എന്തെങ്കിലും സ്വതന്ത്രമായിട്ടാണ് ഉപദേശിച്ചിരുന്നതെങ്കിൽ സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്താന്ന് വെച്ചാൽ സത്യം ഒരിക്കലും പുതിയതാവാൻ പറ്റുക സത്യം ഒരിക്കലും ഒരുത്തനൊരു സത്യം എനിക്കൊരു സത്യം നിങ്ങൾക്കൊരു സത്യം ആവാൻ പറ്റില്ല പരമ്പര പരമ്പരയായി സത്യമെന്ന് നിശ്ചയിച്ചിട്ടുള്ളതിനെ ഒരു മാറ്റവും കൂടാതെ നിങ്ങൾ പുതിയതായിട്ട് പാടാം നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പാടാം നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഞാൻ ലോകം നന്നാക്കാൻ പോവാണ് പഴയ ആചാര്യന്മാർന്ന് പുതിയതായിട്ട് ഞാൻ ഒരുപാട് സമ്പ്രദായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാങ്ങനെ അവരൊന്നും കാഴ്ച വളരുകയായി സനാതന ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയണത് പല ഏർപ്പാടുകളിലും പല കേടുപാടുകളുണ്ട് അതൊക്കെ നമ്മൾ മാറ്റണം ലോകത്തിന്റെ പട്ടികയും കഴിക്കോലും ഒക്കെ മാറ്റാൻ വന്ന ആളുകളാണ് ചിലർ ചിലർ പറയണത് ഈ വേദത്തിലെ ചില തെറ്റുകളുണ്ട് വേദാന്തത്തിലെ ചില തെറ്റുണ്ട് അതിൽ ഞാൻ ചില ഇംപ്രവൈസേഷൻ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു പുറപ്പെടുക അതും സ്വീകരിക്കപ്പെടില്ല കപില ഭഗവാനാണല്ലോ പറയണത് കപിലെന്ന് വെച്ചാൽ ഭാഗവതത്തിലെ കപിലൻ വേറെ ദാർശനികനായ കപിലൻ വേറെയാണ് ആചാര്യസ്വാമികൾ പറയുന്നത് കപിലൻ മഹാത്മാവല്ലേ കപിലൻ മഹാത്മാവാണ് കപിലന് നമസ്കാരം ഞാൻ ചെയ്യണു പക്ഷേ ഈ ജ്ഞാനത്തിന് സ്വാഭിപ്രായം കൊണ്ടുവന്ന് കലക്കുന്ന നടുവിൽ നിന്നാൽ കപിലനെ സ്വീകരിക്കാൻ പറ്റുക എന്നാണ് അപ്പൊ ബുദ്ധനോട് വിരോധൊന്നുമില്ല പക്ഷേ ബുദ്ധൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യമായിട്ട് താൻ ഇത് കൊണ്ടുവരികയാണെന്നുള്ള മറ്റുള്ളൊരു കാര്യം ഇറക്കി അത് ബുദ്ധൻ പറഞ്ഞോ ബുദ്ധമതത്തിൽ പിന്നീടുണ്ടായോ എന്ന് നമുക്കറിയില്ല ബുദ്ധമതത്തിൽ പിന്നീടുണ്ടായതായിരിക്കണം കാരണം ബുദ്ധൻ തന്നെ ഭിക്ഷ എടുക്കാൻ വരികയാണ് കപിലവസ്തുവിലേക്ക് തിരിച്ചു വരുമ്പോ ശുദ്ധോധനൻ ബുദ്ധന്റെ അച്ഛൻ ഭിക്ഷുവായിട്ട് തന്നെ രാജകുമാരൻ വരണൂ എന്ന് അറിഞ്ഞ് ചെന്ന് സ്വീകരിക്കുമ്പോ ചെന്നിട്ട് പറയണു നീ എന്താ ഈ കാണിക്കണേ നമ്മൾ രാജകുമാര രാജപരമ്പരയിൽ വന്നവരാണ് നീ ഇങ്ങനെ ഭിക്ഷ എടുക്കാൻ പാടുവോ ഇതൊക്കെ വലിച്ചെറിയൂ ഈ ഭിക്ഷാപാത്രമൊക്കെ വലിച്ചെറിയെന്ന് പറഞ്ഞപ്പോ ബുദ്ധൻ പറയണു അച്ഛ നിങ്ങളൊക്കെ രാജപരമ്പരയിൽ വന്നതായിരിക്കും ഞാൻ പരമ്പര പരമ്പരയായ അനേകം ഭിക്ഷുക്കളുടെ പരമ്പരയിൽ വന്നവനാണ് ആദ്യത്തെ ആ കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ നോക്കിയാൽ ബുദ്ധൻ സനാതനധർമ്മത്തിൽ നിന്ന് വിട്ടിട്ടേ ബ്രാഹ്മണ ലക്ഷണം എന്താണ് ഇതൊക്കെയാണ് ബ്രാഹ്മണ വഗ്ഗോ ഒരു വർഗം വർഗത്തിനാണ് പാലിയിൽ വഗ്ഗോ എന്ന് പറയുന്നത് ബ്രാഹ്മണ വഗോ ആ ഒരു ബ്രാഹ്മണന്റെ ലക്ഷണം എന്താണ് ഇപ്പൊ ഗീതയിൽ പറഞ്ഞതൊക്കെയാണ് ബുദ്ധൻ അവിടെ പറയണത് പാരമാർത്ഥികമായ തത്വത്തിനെ ശ്രുതി ഉപനിഷത്ത് പറഞ്ഞ പോലെ വ്യക്തമായിട്ട് മഹാവാക്യങ്ങൾ പോലെ തെളിവായിട്ട് ബുദ്ധൻ അങ്ങോട്ട് പറഞ്ഞില്ല മൗനമായിട്ടിരുന്നു അത് പിന്നീട് എന്തായി ഇതൊന്ന് സ്വതന്ത്രമായൊരു മതം പോലെ ഞങ്ങളാണ് ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങൾ തന്നെ പ്രമാണം വേദം പ്രമാണമല്ല ശ്രുതി പ്രമാണമല്ല എന്നൊക്കെ താൻ തുറന്നുപോലും നോക്കാത്ത കാര്യങ്ങൾ പ്രമാണമല്ല എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് തൂത്തുവാരി പുറത്തെടുത്തിട്ട് എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പുതിയ റിലീജിയൻ വരാൻ പാടില്ലേ അവിടെ രമണ മഹർഷിയെ പോലും ഭഗവാൻ ചെയ്തൊരു വലിയ കാര്യം എന്താന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി ശങ്കരാചാര്യരുടെ ആത്മബോധം ദക്ഷിണാമൂർത്തി സ്ത്രോത്രം ഒക്കെ തമിഴിൽ വിവർത്തനം ചെയ്തു വെച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയൊരു സമ്പ്രദായമാണെന്ന് ഉണ്ടാക്കിക്കളി ഭഗവാൻ വളരെ ജാഗ്രതയായിട്ട് അതൊക്കെ ചെയ്തു വെച്ചു ആഗമശാസ്ത്രത്തിൽത്തെ ദേവികാലോത്തരം ഒക്കെ അല്ലെങ്കിൽ പുതിയൊരു സമ്പ്രദായമാണെന്ന് പറഞ്ഞു കളയും നാരായണ ഗുരുസ്വാമി ഈ ദേവി ദേവന്മാരെയൊക്കെ സ്തുതിക്കുകയും മഹാവാക്യങ്ങളെയൊക്കെ പറയും ഈശാവാസ ഉപനിഷത്ത് ഇതൊക്കെ ഇങ്ങനെ വിവർത്തനം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ എന്നിട്ട് തന്നെ അദ്ദേഹം ബൗദ്ധനാണെന്നും വേറെ സമ്പ്രദായമാണെന്നും എന്ത് തിരുതകൃതിയാ ഇവിടെ നടക്കണം അല്ലേ അങ്ങനെ ഒരു ശ്രമം അതാണ് ആത്മസംഭാവിതാ സ്തബ്ധാഹ Stagnated personalities. ആണ് സ്തബാഹ എന്നുവെച്ചാൽ അവർക്ക് വേറെ ആരും പ്രമാണമല്ല ആര് പറയണത് അവരുടെ ഉള്ളിൽ കയറില്ല അവരുടെ ഉള്ളിലങ്ങോട്ട് തീരുമാനിച്ചു പാറ പോലെ നിൽക്കും ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് പറഞ്ഞു അവരുടെ കൂടെ വിശ്വസിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവുന്നതാണ് എന്താന്ന് വെച്ചാൽ ധനമാന മതാന്വിതാഹ അവർക്ക് കുറച്ച് പണുണ്ട് അവർക്ക് കുറച്ച് പദവി ഉണ്ട് അവർക്ക് ഇൻഫ്ലുവൻസൊക്കെ ഉണ്ട് ഇത് വെച്ചുകൊണ്ടാണ് നോക്കണം ജൈനമതവും ബൗദ്ധ ഒക്കെ തെക്കോട്ട് വന്നത് അങ്ങനെയാണ് പിടിച്ചു ഈ ശിവഭക്തന്മാരുടെ കഥയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം രാജാക്കന്മാരെയൊക്കെ കൺട്രോളിൽ വെച്ചുകൊണ്ടാണ് ഭക്തിജ്ഞാന മാർഗങ്ങളെയൊക്കെ കൊടുത്ത് നീക്കാൻ ശ്രമിച്ചത് അവർക്ക് ബൗബുദ്ധൻ എന്ത് പറഞ്ഞു ജിനൻ എന്ത് പറഞ്ഞു എന്നുള്ളതൊന്നും പ്രധാനമില്ല മതം പ്രചരിപ്പിക്കുക അതിനെന്ത് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് എന്താ ധനമാനവതാൻവിതാ ആത്മസംഭാവിതാ സ്തബ്ധാഹ സർവഗുണവിശിഷ്ടതയാ ആത്മനൈവ സംഭാവിതാ സാധുവിഹി നമ്മളുടെ മഹിമ നമ്മൾ തന്നെ പറഞ്ഞാ പോരാ സാധുക്കൾ പറയണമെന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് കുചേലന്റെ മഹിമയെ ശ്രീസുഖബ്രഹ്മ മഹർഷിയാണ് പറയണത് അതുപോലെ നമ്മൾക്ക് നമ്മൾക്ക് ഒരിടത്ത് സന്തോഷിക്കാമെന്നാണ് യാഗരാജസ്വാമികൾ രാജാവ് സഭയിലേക്ക് വിളിച്ചപ്പോ പോയില്ല കരഞ്ഞു രാജാവ് കഴുത്തിലുള്ള നെക്ലസ് കഴുത്തിലിട്ട് കൊടുത്തപ്പോ കൊച്ചുകുട്ടിയായ ത്യാഗരാജന്റെ പാട്ട് കണ്ട് സന്തോഷിച്ച് രാജാവ് നെക്ലസ് ഇട്ടു കൊടുത്തു ആ കുട്ടി കരഞ്ഞുകൊണ്ട് പാടി സംഗീതജ്ഞാനമോ ഭക്തിവിന സന്മാർഗമോ ഗളതയോ മനസ്സാ മനസ്സിനോട് പറയണേ മനസ്സെ ഭക്തി ഇല്ലെങ്കിൽ സംഗീതം ഈ നെക്ലസും മാലയൊക്കെ വാങ്ങിക്കാനുള്ളതാണോ എന്ന് പറഞ്ഞിട്ട് കരയാണ് അതേ ത്യാഗരാജൻ കാശിയിൽ നിന്നൊരു സന്യാസി ത്യാഗരാജൻ പാടി കേൾക്കണമെന്ന് പറഞ്ഞ് നടന്ന് തിരുവയ്യാറിലേക്ക് വന്ന് സ്വാമികൾ പാടണം എന്ന് ചോദിച്ചപ്പോ വളരെയധികം ഫ്ലാറ്റേഡായിട്ട് പോയി സന്തോഷിച്ചുകൊണ്ട് രാമന്റെ അടുത്ത് പറയാണ് ഹേ രാമ രസിക ശിരോമണി ദാശരഥേ ഹേ ദാശരഥേ നീ രസിക ശിരോമണിയാണെന്ന് കാരണം രസിക്കാൻ അറിയണ ആളുകളാണല്ലോ നാട് നീളെ ഇത് കേൾക്കൂ ഇത് കേൾക്കൂ ത്യാഗരാജന്റെ പാട്ട് കേൾക്കൂ രാമൻ പറഞ്ഞോണ്ട് നടന്നു അത്രേ രാമന്റെ അടുത്തൊരു സന്തോഷത്തോടെ പറയാണ് ഈ ഭിക്ഷുക്കളെയൊക്കെ പരമഭാഗവതന്മാരെ വിളിച്ചുകൊണ്ടുവരണമല്ലോ അവരുടെ ദർശനം തന്നെ ബ്രഹ്മാനന്ദം രാമഭക്തി സാമ്രാജ്യം എന്നുള്ള ആ കീർത്തനത്തില് രാമഭക്തി സാമ്രാജ്യത്തിന് അധിപതികളായിട്ടുള്ള പരമഭാഗവതന്മാരുടെ ദർശനം തന്നെ ബ്രഹ്മാനന്ദം നീ അവരെയൊക്കെ എന്റെ മുമ്പിൽ വിളിച്ചുകൊണ്ടുവന്നുവല്ലോ രാമ എന്ന് പറഞ്ഞ് രാമനോട് ഒരു താങ്ക്സ് ഗിവിംഗ് ആണ് ദാശരഥേ എന്നുള്ള കീർത്തനം നീ ഋണമുദീർപ്പതാ ധർമ്മ ഞാൻ ആ കടം തീർക്കാൻ പറ്റുമോ രാമ എന്നാണ് എൻ്റെ അടുത്തുള്ള കടം എനിക്ക് തീർക്കാൻ പറ്റുമോ എന്നാണ് ആശതീര ദൂരദേശത്തിലൊക്കെ പോയി ത്യാഗരാജന്റെ മഹിമയെ രാമം പാടിയത്രേ അല്ലാതെ രാമനെ ത്യാഗരാജൻ പ്രചരിപ്പിക്കല്ല സന്തോഷിച്ചു അപ്പോ ഇവിടെ ആചാര്യസ്വാമികൾ പറയണത് നിങ്ങൾക്ക് ആരെങ്കിലും സ്തുതിക്കുമ്പോ സന്തോഷിക്കാന്നുള്ളത് ഒരു ഹ്യൂമൻ നേച്ചറാണല്ലോ പക്ഷേ സ്തുതിക്കുമ്പോൾ സന്തോഷിക്കാം എന്നാണ് ഒരു എക്സെപ്ഷൻ തന്നിരിക്കുകയാണ് മഹാത്മാക്കള് ത്യാഗികൾ വിരഗ്ധർ സാധുക്കൾ അവര് പരമഭക്തന്മാരായിട്ടുള്ളവര് പറഞ്ഞിട്ട് വേണം ഒരു സന്തോഷം വരാൻ അല്ലാതെ സ്വയമേവ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഞാൻ അവതാര പുരുഷനാണ് ലോകം മുഴുവൻ ഉദ്ധരിക്കാൻ വന്നിരിക്കുന്ന അവതാരാണ് അതിനെന്താ വഴി ധനമും മാനമും എന്ന് നോക്കൂ ഒരുപാട് ആളുകൾ സ്വയം പ്രഖ്യാപിച്ച അവതാരമായിട്ട് ഇഷ്ടംപോലെ പണുണ്ട് അതുകൊണ്ട് അഡ്വർടൈസിങ് ഏജൻസിയൊക്കെ പിടിച്ച് ഓരോ പോസ്റ്റിലും അവതാരമാണെന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ ബോർഡ് കൊളുത്തിട്ട് അവതാരം അവതാരം ഭയങ്കര പ്രചാരമാണ് പ്രബലമായി അവതാരമായിട്ട് നടക്കുന്ന ചില ആളുകൾക്ക് മുമ്പ് എനിക്കറിയാം എന്നും കളിയാക്കാൻ വേണ്ടി പരിഹസിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയില്ല വളരെയധികം വൃത്തികേടായിട്ടുള്ള ഒരു കാര്യം അശ്ലീലമായിട്ടുള്ള ഒരു കാര്യമാണ് മീഡിയയുടെ ഫോഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം സാധകന്മാരായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് പക്ഷെ ആ കൺഫ്യൂഷനും ഒരു പക്ഷേ ഈ സാധക ലോകത്തിന്റെ തലയിലെടുത്താണ് ബുദ്ധൻ ഒരിടത്ത് പറയുന്നുണ്ട് കൺഫ്യൂഷൻ ഒരു വേദനയാണെന്നാണ് ആ വേദനയിൽ നിന്നും ഇയാൾ ഉ ഉത്തമ സത്യത്തിന് അന്വേഷിക്കും അപ്പൊ അതും നല്ലതാണ് അത് കുറ്റം ഞാൻ പറയണില്ല ഒക്കെ തെറ്റിദ്ധരിച്ച് അവനവന്റെ ആഗ്രഹത്തിനനുസരിച്ചാണല്ലോ പോവുക അവനവൻ എവിടെയൊക്കെ ആകർഷിക്കപ്പെടുന്നു അവിടെ പോയി ഒരു പരീക്ഷിക്ക പോലെ എവിടെ വെള്ളമില്ല എന്ന് കണ്ട് കുറെ വട്ടത്തിരിഞ്ഞ് വേദനപ്പെട്ട് വിഷമിച്ച് അവസാനം ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഇതൊന്നുമല്ല നേത്തി നേത്തി നേത്തി നേത്തി എന്ന് തള്ളിക്കളഞ്ഞ് അവസാനം തീരുമാനിക്കും എനിക്ക് ഉത്തമമായ സത്യം തന്നെ വേണം ജ്ഞാനത്തിൻ്റെ തീർത്ഥം തന്നെ വേണമെന്ന് തീരുമാനിക്കണം വരെ ഇയാൾ വട്ടം കറങ്ങും ആത്മസംഭാവിതാ സ്തബ് ധനമാനമതാൻവിതാഹ യജന് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഇന്ദ്രജാലം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ ചെയ്യും അത് കാണുമ്പോ നമുക്ക് ഇവർക്ക് ഉദ്ദേശത്തിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെന്ന് തോന്നില്ല യജന്തേ നാമയജ്ഞി തേ യജ്ഞം എന്ന പേരില് പലതും അവർ നടത്തും യജന്തേ നാമയജ്ഞി തേ നാമമാത്രി യജ്ഞി തേ ദമ്പേന ധർമ്മധ്വജിതയാ അവിധിപൂർവകം വിധിയൊക്കെ എന്താ ഈ യജ്ഞത്തിന് എന്താ വിധി എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവർ തീരുമാനിക്കുന്നത് തന്നെ വിധി അതിന് ശാസ്ത്രവും പ്രമാണവും ഒന്നും വേണ്ട ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും അത് തന്നെ അതിന് വേദമോ ശാസ്ത്രമോ ഒന്നും പ്രമാണമല്ല ഈ യാഗം നടത്താൻ ഇപ്പൊ എന്താ വിധി ഒരാളോട് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ലേ ഇത് തന്നെ എനിക്കും മേലെ ഇനിയിപ്പോ ഒരു തീരുമാനമുണ്ടോ അല്ലെങ്കിൽ പിന്നിപ്പോ എന്താണ് തിലകാഷ്ട മഹിഷബന്ധനം എന്നുള്ള പോലെ എന്തെങ്കിലും ഒരു പേര് പറയും അങ്ങനെ തോന്നിയ പോലെ വെറും പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ തനിക്കൊരു പ്രാമാണികത ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടും നാമമാത്രേ ഈ അജ്ഞലതൊക്കെ ചെയ്യുവത്ര ഒരു വിധിയുമില്ല അതിനെന്നാണ് അവിധിപൂർവ്വം വിധി എന്ന് വെച്ചാൽ അതിൽ നിന്ന് തപസ്സോ നന്മയോ മംഗളമോ ശാന്തിയോ മോക്ഷമാർഗമോ തുറന്നു കിട്ടില്ല വിധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു വെറും ആഡംബരം മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്ത ശ്ലോകം നോക്കൂ എന്തിനാപ്പൊ ഈ അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെ നമ്മളെ ഇട്ട് ചീത്ത വിളിക്കണമെന്ന് തോന്നുന്നു ഗീതയിൽ ഈ അധ്യായം വരെ ഇത്ര കണ്ടി ചീത്ത വിളിക്കലൊന്നുമില്ല ഈ പതിനാറാമത്തെ അധ്യായത്തിലാണ് ഈ ചീത്ത വിളിക്കലൊക്കെ എന്തിനാന്ന് വെച്ചാൽ അതും വേണേ ഈ സുഖമായിട്ടുള്ളത് മാത്രം കേട്ടാ പോരാ വേറെ ഒരു ഡയമെൻഷൻ അധർമ്മോജ്ഞേയ ഹേ അധർമ്മത്തിനെ അറിയണത് വെച്ചാൽ തള്ളിക്കളയാനും അത് കാണുമ്പോൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് എറൊന്നും അല്ല അല്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല നമ്മളിപ്പോ ഈ സത്സംഗത്തിലെ ഗീതയിലെ ശ്ലോകത്തിൽ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയണം ഇതിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കാനല്ല ഇതൊക്കെ അറിയണം ഒരു അധർമ്മത്തിനെ എതിർക്കാനുള്ള അതായത് ബാക്ടീരിയ വൈറസ് നമ്മളുടെ ഉള്ളിൽ കടക്കാൻ നമ്മളുടെ അനുമതി ചോദിക്കാറില്ലല്ലോ നമ്മൾ ദുർബലരാണെങ്കിൽ കടക്കും അതെ ഇപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ആൾക്ക് നല്ല ജലദോഷവും പനിയും ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ നിങ്ങൾ തോണ്ടി വിളിച്ചിട്ട് ഈ ബാക്ടീരിയ മെയ് ഗെറ്റിൻസർ ചോദിച്ചിട്ടാണോ കിടക്കുക അതതിന്റെ പാട്ടിലെ ഉള്ളിൽ പോവും നിങ്ങൾ ദുർബലരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കും റെസിസ്റ്റൻസ് ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ കിടക്കുന്നത് ആ ഇമ്മ്യൂണിറ്റി എന്താ അതേപോലെ അധ്യാത്മത്തിനൊരു ഇമ്യൂണിറ്റി വേണം വിവേകാണ് ആ വിവേകല്ലെങ്കിൽ പലതുള്ളിൽ കിടക്കും വിവേകം അറഗൻസ് ആയിട്ട് മാറാൻ പാടില്ല യാത്രയുള്ളൂ വിവേകം അഭിമാനമായിട്ടും അഹങ്കാരമായിട്ടും മാറരുത് അതുകൊണ്ടാണ് നിഷേധം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ഇരിക്കണം അല്ലാതെ നമ്മളുടെ ബുദ്ധി നമ്മളുടെ പ്രിജുഡീസ് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എത്ര ദുഷ്ടനോടും നമുക്ക് വിരോധവുമില്ല അതതിന്റെ വേറൊരു വശമാണ് രാവണനോടും നമുക്ക് വിരോധമില്ല ഹിരണ്യകശുവിനോടും നമുക്ക് വിരോധമില്ല ഭാഗവത സമ്പ്രദായം അറിഞ്ഞാൽ അതിന്റെ മനോഹാരിത നമുക്ക് കാണാം രാവണനും ഹിരണ്യകശുവും ഹിരണ്യാക്ഷനും ഒക്കെ ഭഗവാന്റെ പാർശ്വന്മാരാണ് അതുകൊണ്ട് അവരൊക്കെ അസുരന്മാരായിട്ട് ഇരുന്നാലും അവരുടെ അസുരവാസന തീർത്ത് എന്നൊക്കെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭഗവത് പ്രാപ്തി നേടുന്നവരാണ് അതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷെ നമ്മളുടെ സ്വതന്ത്രവുമായിട്ടുള്ള അധ്യാത്മ പുരോഗതിക്ക് വേണ്ടി എവിടെ എവിടെ വേലി കെട്ടണം എവിടെ എവിടെ അടച്ചിടണം അറിയാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യമൊക്കെ പറയുന്നത് അതിനായിട്ട് ഇത് അറിഞ്ഞിരിക്കണം അത്രയേ ഉള്ളൂ നോക്കൂ അടുത്ത ശ്ലോകം അഹങ്കാരം ബലം ദർപ്പം അഹങ്കർ മാത്മപരദേഹേഷു പ്രഭ്യസാ അഹങ്കാരം അഹങ്കാര വിദ്യമാനൈ അവിദ്യമാനൈശ് ഗുണൈ ആത്മനി അധ്യോപിഷ്ടം ആത്മാനം അഹം ഇ മന്യത്തെ സഹംകാര അവിദ്യഖ്യ കഷ്ടോഷാണ മൂലം സർവനർത്ഥപ്രവൃത്തം അഹങ്കാരത്തിനാണ് ഇത്രയും വലിയ വ്യഖ്യാനം ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തില് അഹങ്കാരം എന്താന്ന് വെച്ചാൽ അഹങ്കരണം ഞാൻ ആളെന്ന് പറയലേ വിദ്യമാനേ ഹി അവിദ്യ ചില ഗുണങ്ങളൊക്കെ ഇയാളിൽ ഉണ്ടാവും അതുകൊണ്ടും ഇയാളിൽ ഇല്ലാത്തതായ ചില ഗുണങ്ങളൊക്കെ ആത്മനി അധ്യാരോപിതൈഹി തന്നില് ഒക്കെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് തന്നിൽ ഇതൊക്കെ ഉണ്ടെന്ന് സ്വയം അങ്ങോട്ട് തീരുമാനിച്ച് ചില രാജാക്കന്മാരൊക്കെ കവികളെ കൊണ്ട് പറയില്ലേ എന്നെ സ്തുതിക്കൂ കവിത എഴുതു പറയും ഉള്ള ഗുണങ്ങൾ മാത്രം വെച്ച് എഴുതാൻ പറ്റുമോ ഉള്ളതും ഇല്ലാത്തതൊക്കെ വെച്ച് എഴുതണം രാജാവിന് സന്തോഷം ഉണ്ടാവണം അത്രയേ ഉള്ളൂ ആ രീതിയിൽ നേരം വിളിച്ചായാൽ ബന്ധികൾ വന്ന് പാടുമെന്നാണ് അവര് വന്നിട്ട് രാജാവിനോട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് തൊട്ട് തുടങ്ങിയിട്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് സ്തുതിക്കാൻ ആൾക്ക് സൈക്കോ ഫാൻസ് എന്ന് പറയും ഇംഗ്ലീഷിലും ഉണ്ട് അത് ആ സൈക്കോ ഫാൻസ് ആരെങ്കിലും ഒക്കെ വേണം അധ്യാത്മക്കാർക്കും വേണം അത് പല അധ്യാത്മ മണ്ഡലത്തിലും നമുക്ക് സ്തുതിക്കാൻ ആളുകൾ വേണം ഇല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി പറയല എനിക്കറിയാൻ ചില ഗുരുക്കന്മാര് ചിലര് ആളെ വെച്ച് അവരുടെ പേരിൽ സ്തോത്രം എഴുതിപ്പിച്ചവരെയൊക്കെ എനിക്കറിയാം അവരുടെ പുസ്തകത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അവരെക്കുറിച്ച് തന്നെ സ്തോത്രം എഴുതിപ്പിച്ച് അതിടാം എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് വിദ്യമാനേ ഹി അവിദ്യമാനേശ്വ ഗുണേഹി ഇതൊക്കെ ഇപ്പൊ കണ്ണാടിമാതിരിയാണ് ഇങ്ങനെ പറയുമ്പോ നമ്മളിൽ ഈ ദോഷലേശം നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പൊ ഒക്കെ കാണാം നമുക്ക് ഇതൊന്നും നാളെ ജർമിനേറ്റ് ആവാതെ നോക്കാം അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഫീൽഡില് പൊന്തി വന്നിട്ട് നിൽക്കും അത് വരാതിരിക്കാൻ നോക്കാം സ്തുതിയും നിന്ദയുമൊക്കെ ആർക്ക് സമവും അവർക്ക് പ്രശ്നമല്ല അത് പക്ഷെ വളരെ വിരളാണ് സ്തുതിക്കുമ്പോ വേണമെങ്കിൽ നമ്മൾ എഫക്റ്റ് ആവാത്ത പോലെ നിന്ദിക്കുമ്പോഴാണ് അറിയ രമണ ഭഗവാനെ ഒരാളെ രമണ സദ്ഗുരു രമണ സദ്ഗുരു മണ സദ്ഗുരു ഈ പാട്ട് വളരെ പ്രസിദ്ധാണ് അത് പാടിയപ്പോ ഭഗവാൻ കൂടെ ഇരുന്ന് പാടി അപ്പൊ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു എന്താ ഭഗവാനെ നിങ്ങളെ കുറിച്ച് പാടുന്നു നിങ്ങളും കൂടെ ഇരുന്ന് പാടുന്നു രമണ സദ്ഗുരു എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണോ അഖണ്ഡമായ ഗുരുതത്വം അരുണാചലേശ്വരനാണോ രമണ സദ്ഗുരുന്ന് അദ്ദേഹവും കൂടെ ഇരുന്ന് പാടി അദ്ദേഹത്തിന് മലയാളത്തിൽ ഒരാൾ ബയോഗ്രഫി എഴുതി ബയോഗ്രഫി എഴുതിയപ്പോ എന്തൊക്കെയാ എഴുതിയറിയോ ആദ്യമായിട്ട് ജീവചരിത്രം ചെറുതായിട്ട് ഒരാൾ എഴുതി ഒരു മാസികയിൽ കൊടുക്കാൻ വേണ്ടി മഹർഷി മധുരയിൽ ജനിച്ചു എന്നും അവിടം തൊട്ട് തെറ്റാണ് കല്യാണം കഴിച്ച് നാലു കുട്ടികളുണ്ടായിരുന്നുവെന്നും എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് അരുണാചലം എന്ന് തോന്നിയപ്പോ മധുരയിൽ നിന്നും മറഞ്ഞു തിരുവണ്ണാമലയിൽ വന്ന് പ്രത്യക്ഷായി ഇങ്ങനെയൊക്കെ എഴുതി ആദ്യത്തെ ടൈപ്പ് സെറ്റൊക്കെ കഴിഞ്ഞ് പ്രൂഫ് നോക്കാൻ മഹർഷിയുടെ അടുത്ത് തന്നെ കൊണ്ടു കൊടുത്തു പാവം കാര്യമായിട്ട് അയാൾക്ക് എവിടെ നിന്ന് ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ കിട്ടിയോ ഒരു പിടിയില്ല ഈ പല ആളുകളും ഏതൊക്കെ സ്ഥിതിയിലായിരിക്കണം ഒന്നും പറയാൻ പറ്റില്ല ഭാവനയിലാണ് ഇപ്പൊ ഞാ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോ മുമ്പിൽ കേട്ടോണ്ടിരിക്കണ്ടല്ലോ പല ആളുകളും എന്റെ അടുത്ത് വന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറയും സ്വപ്ന ലോകത്തിലാണ് ഇരിക്കണത് ഒരാൾ എനിക്ക് എഴുതി തന്നു ഞാനൊരു ഗീതാപുസ്തകത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഡയോജനിസിസ് ഗ്രീക്ക് ഫിലോസഫറാണ് എന്ന് നിരൂപണം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു കടലാസിലാക്കി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് തന്നു ഈയിടെ ഞാൻ ആ കടലാസ് എവിടുന്ന് കണ്ടെടുത്ത് കാണിച്ചുകൊടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു ഇയാളോട് എന്തിനാപ്പം ഇത് എഴുതി തന്നിരിക്കണത് ശരി ഡയോജനിസിസ് ആരാന്ന് തന്നെ എനിക്കറിയില്ല അയാള് ഗ്രീക്ക് ഫിലോസഫറാണെന്ന് എഴുതി കൊണ്ടുവന്നു അല്ല സ്വാമിയല്ലേ ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഡയജനീസിസ് ഗ്രീക്ക് ഫിലോസഫർ എന്ന് എന്താ പറയുക അപ്പൊ ഇവരെന്താ കേൾക്കണത് എന്താ ഉള്ളില് പോണത് ഒന്നും പറയാൻ വയ്യ ഭാവനാലോകത്തിലാണ് പലപ്പോഴും പലരും അവരുടെ ഉള്ളില് സീരിയലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണ്ടാവും ശ്രവണം വളരെ വിഷമാണ് ശ്രവണമെന്ന് പറയുന്നത് ഏറ്റവും വലിയ തപസ്സാണ് എളുപ്പത്തിലൊന്നും നടക്കില്ല നമ്മളുടെ ഒരു ഭാവനയും ഇല്ലാതെ കേൾക്കുക എന്നുള്ളത് വലിയ ധ്യാനാണ് അപ്പോ ഈ ജീവചരിത്രം എഴുതി മഹർഷിയുടെ അടുത്ത് തന്നെ പ്രൂഫ് നോക്കാൻ കൊണ്ട് കൊടുത്തപ്പോ നാം മഹർഷിക്കെങ്കിലും വലിയ ദേഷ്യം വരണ്ടേ ഇങ്ങനെയാണ് ജീവിതം എഴുതണമെന്ന് തോന്നണ്ടേ ഞാൻ കുടുംബസ്ഥനായിരുന്നു കുട്ടികളുണ്ടായിരുന്നു എന്നൊക്കെ എഴുതിയിരിക്കണമല്ലോ ഒന്ന് തോന്നണ്ടേ പതിനാറ് വയസ്സിൽ സർവസംഘ പരിത്യാഗിയായി വന്ന ആള് അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയൊക്കെ എഴുതിയപ്പോ അദ്ദേഹം ആകെ പാടാൻ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലാതെ വേറെ ഒരു മിസ്റ്റേക്കും കണ്ടുപിടിച്ചില്ല പ്രൂഫ് നോക്കാൻ കൊടുത്തപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രം തിരുത്തിയിട്ട് പ്രിന്റ് ചെയ്തോളൂ കൊടുത്തു പ്രിന്റിംഗിന് പോയി പിന്നെയും ആ പ്രിന്റർക്ക് സംശയമായി അയാൾ പിന്നെയും കൊടുത്തയച്ചു രണ്ടു പ്രാശ്യം പോയിട്ട് വന്നു മൂന്നാമത്തെ പ്രാവശ്യം ഒരു മലയാളി സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ചുസ്വാമി അദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു അദ്ദേഹം നോക്കി ഷോക്കായി അദ്ദേഹത്തിന് അദ്ദേഹം എടുത്തോണ്ട് ഭഗവാനെ പൊയ്യ പൊയ്യ എഴുതിയിരിക്കും എന്നാ പോയി അത് മറ്റും നാം പൊയ്യോ ഒക്കെ നോണയാണല്ലോ എഴുതിയിരിക്കണത് ഭഗവാനെന്ന് ഉള്ളൂ കള്ളം അയാൾക്കറിഞ്ഞത് അയാൾ എഴുതി നനക്കറിഞ്ഞത് നീ എഴുത പെർസണാലിറ്റിയേ ഇല്ലെങ്കില് സ്തുതി നിന്റെ സമമായിരിക്കും പക്ഷെ ആ സ്റ്റേറ്റ് വരുന്നതിന് മുമ്പ് ഈ സ്തുതിച്ച് കിട്ടുക എന്നുള്ളത് ഉണ്ടല്ലോ ഒരു തരത്തിലുള്ള ഡ്രഗാണ് സ്തുതിക്കുമ്പോ സുഖം ഉണ്ടാവണ്ടെങ്കിൽ പുണ്യക്ഷയം എന്നാണ് നിന്ദിക്കുമ്പോ പാപം പോകുന്നതാണ് അതുകൊണ്ട് മഹാഭാരതത്തിൽ ശ്ലോകമുണ്ട് നിന്ദ കിട്ടുന്നതോറും നല്ലതാണെന്നാണ് പാപം ക്ഷയിച്ചു പോവും തപസ്സാണെന്നാണ് നിന്ദയെ സ്വീകരിക്കുന്നത് ഒരു തപസ് vivekananda swami had to tell go to places where people hate you let them blot the ego out of you ningale nindikate cheetivulikate aalukal annu avaku nalla daanana pshe ee aashayam pravartikathile varanengil adinu tapasvanu എല്ലാത്തിനും സമമായിട്ട് എടുക്കണം അപ്പോൾ അത് സാധിക്കാതെ വരികയാണ് അഹങ്കാരത്തിന് ആചാര്യസ്വാമികൾ പറയാം ഉള്ളതും ഇല്ലാത്തതുമായ ഗുണങ്ങളൊക്കെ തന്നിൽ ആരോപിച്ച് വിശിഷ്ടം ആത്മാനം അഹം ആത്മാനം മന്യത്തെ ഞാൻ വളരെ വിശിഷ്ടനാണെന്ന് ധരിക്കുന്നു സഹങ്കാര അവിദ്യാഖ്യ അതിനാണ് അവിദ്യ എന്ന് പേര് ഈ അഹങ്കാരത്തിനാണ് അവിദ്യ എന്ന് പേര് കഷ്ടതമാ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ആൾ സഫറിങ് കഷ്ടതമാ സർവദോഷാണാം മൂലം സർവാനർത്ഥ പ്രവൃത്തി നാം സർവ അനർത്ഥ പ്രവൃത്തികൾക്കും മൂലം എല്ലാ അനർത്ഥവും അതിൽ ഇതൊന്നും ആളുകൾ ഇങ്ങനെ സ്ക്രൂ കയറ്റി നമ്മൾ പൊതുവെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചില ആളുകൾക്ക് ഈ മന്ത്രം തന്നെയുണ്ട് മാജിക്കൽ അതൊരു മാജിക്കാണ് അത്രയും അതായത് എന്താണ് ഹൈപ്പർ ബോളിക് എന്തോ എന്തോ മന്ത്രം എന്തോ വാക്ക് പറയും അതായത് സ്തുതി എന്നുള്ള മന്ത്രം പ്രയോഗിക്കുക ഒരാൾ നിങ്ങൾക്ക് അടങ്ങിയിട്ടില്ലെങ്കിൽ അയാളെ വെറുതെ പൊക്കിയാൽ മതിയെന്നാണ് കുറെ കഴിയുമ്പോൾ അയാൾക്ക് അടങ്ങാതിരിക്കാൻ പറ്റില്ല അതൊരു മന്ത്രപ്രയോഗമാണ് കാര്യം നടത്തിക്കും ആളുകൾ അയാളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും അതുകൊണ്ട് കഷ്ടതമ സർവ അനർത്ഥ പ്രവൃത്തി നാം എല്ലാ അനർത്ഥ പ്രവൃത്തിക്കും മൂലകാരണമാണ് തഥാ ബലം പരാഭിഭവനിമിത്തം കാമരാഗാൻ നിമിത്തം ബലമെന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ളവനെ ഫോഴ്സ് അടക്കി വെക്കാനുള്ള ശക്തി മറ്റുള്ളവനെ അഭിഭവം ചെയ്ത് അടക്കി നിർത്തുക ബലം ദർപ്പം ദർപ്പോ നാമ യസ്യ ഉദ്ഭവർമ്മ അതിക്രാമതി സഹ ദർപ്പം എന്ന് വെച്ചാൽ ഏതൊന്ന് വന്നു കഴിഞ്ഞാലാണ് എന്ത് ധർമ്മം ഏത് ധർമ്മം എന്ന് ചോദിക്കാൻ തോന്നണത് അതിന് പേരാണ് ദർപ്പം എന്ത് ധർമ്മം എനിക്ക് തോന്നണത് തന്നെ കർമ്മം എന്ന് തീരുമാനിക്കുന്നതിന് പേരാണ് ദർപ്പം ഞാൻ തന്നെ പ്രമാണം അപ്പോ ദർപ്പം കാമം എല്ലാവർക്കും അറിയുന്ന വിഷയസുഖത്തിലുള്ള ആഗ്രഹം കാമം ക്രോധം അനിഷ്ടവിഷയം തനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയം വരുമ്പോ ഉണ്ടാവണത് കോമം ഇഷ്ടവിഷയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊസസീവ്നെസ് അത് സ്ത്രീക്ക് പുരുഷനോ പുരുഷന് സ്ത്രീയോ ലോക വിഷയങ്ങളോ എന്തൊക്കെ തന്നെ ആവട്ടെ അത് ഹൃദയഗ്രന്ഥി എന്നാണ് ഭാഗവതം പറയണത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞ ഹൃദയഗ്രന്ഥിയാണെന്നാണ് ആ ഹൃദയഗ്രന്ഥി ഈ കാമ മൂല കാരണമാണ് ഏതാൻ അന്യാശ മഹത്വദോഷാൻ സംശതാഹ കിംച്ച് അവര് ഈ ദോഷങ്ങൾ കൊണ്ടിപ്പോ എന്താ കൊഴപ്പം എന്നുവെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഉള്ളിലുള്ള ഭഗവാനെ ശ്വാസം മുട്ടിക്കും വരെ പിന്നെ അവരുമായി സമ്പർക്കം വരുന്നവരുടെ ഉള്ളിലുള്ള ഭഗവാനെ ഒക്കെ ബുദ്ധിമുട്ടിക്കും സ്വാമി രാമതീർത്ഥൻ പറയും പെസ്റ്റിസൈഡ് എന്ന് പറയില്ലേ നമ്മുടെ ഇൻഫെൻ ഇൻഫാൻറ്റിസൈഡ് എന്നൊക്കെ പറയണ പോലെ ഗോഡിസൈഡ് എന്നാണ് ഈശ്വരനെ കൊല്ല ആത്മഹന ശ്രുതി തന്നെ പറയുന്നത് ആത്മാവിനെ കൊല്ലുക ആത്മാവിനെ കൊല്ലാൻ പറ്റുമോ കൊല്ലുക എന്ന് വച്ചാൽ മൂടി മറച്ച് ഈ ജന്മത്തിലൊന്നും അവർക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതാക്കിയതൊക്കെ വേദന ഉണ്ടാക്കാ ഉള്ളത് അതാണ് അവരെ മാം ആത്മ പരദേഹേഷു പ്രദ്വിശന്തോ അഭ്യസൂയകാഹ ദ്വേഷിക്കും അങ്ങനെയുള്ളവരെ ഭഗവാൻ പറയാണ് അവർക്ക് എന്താ ശിക്ഷ ഭഗവാനെ നോക്കൂ താനഹം ദ്വിശതക്രൂരാന് സംസാരേഷുണരാധമാന് ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷ്വേവ യോനിഷു അവരുടെ ഉള്ളിൽ ആസുരി വാസനയുണ്ട് നായെ പോലെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നാല് ചിലരുണ്ട് വീട്ടില് ആരു കയറിപ്പോയാൽ ഭിക്ഷക്കാരം മുതൽക്ക് ആര് പോയാലും കുരച്ചുകൊണ്ടേയിരിക്കും നമുക്ക് അറിയില്ല ഈ രാമലിംഗ സ്വാമികളുടെ കഥയിൽ വരും മദ്രാസിലുള്ള ഒരു മുരുകൻകോവിലാണ് കന്തക്കോട്ടം ആ കന്തക്കോട്ടം കോവിൽ വാശല അതിന് ഉമ്മർത്ത് ഒരു സിദ്ധൻ ഇരിക്കുണ്ടായിരുന്നു ആ സിദ്ധൻ ആളുകളെ പോകുന്നവർ വരുന്നവരെയൊക്കെ ഓരോന്നും പറയൂ ഇങ്ങനെ പോകുമ്പോ ദാ നായ പോണു അവിടുത്തെ വലിയൊരു ജമീന്ദാറാണ് പോണത് നായ പോണെന്ന് കുറച്ച് കഴിഞ്ഞ ഒരു സ്ത്രീ ഭംഗിയായി അലങ്കരിച്ചു കൊണ്ടുപോയി അവള് പോകുന്നത് കണ്ടപ്പോ ദാ കൊരങ്ങു പോണു ഒരു കഴുത പോകുന്നു ഇങ്ങനെയൊക്കെ രാമലിംഗ സ്വാമികൾ അന്ന് കൊച്ചുകുട്ടിയാണ് ഒരു ചെറിയ തോർത്തം കൊണ്ടും കെട്ടി കന്തകോട്ടത്തിലേക്ക് പോവാണ് അപ്പൊ എഴുന്നേറ്റം നിന്നിട്ട് പറഞ്ഞു ഉണ്മയാന മണിതൻ മോഹിൻ വാസ്തവത്തിൽ ഒരു മനുഷ്യനെ കണ്ടു എന്നാണ് എന്നുവെച്ചാൽ ബാക്കിയൊക്കെ ഉള്ളിലെ ഈ വാസനകളൊക്കെ പ്രബലമായിട്ടുള്ളത് കൊണ്ട് നായ പോണു കഴുത പോണു കുതിര പോണു എന്നൊക്കെ പറയുമോ ഈ വാസനയൊക്കെ ഉള്ളപ്പോ ഭഗവാന്റെ ഡിപ്പാർട്ട്മെന്റിലെ നിയമം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് എത്തി ഒരു കുട്ടി കരയാണ് എനിക്ക് ഒമ്പതാം ക്ലാസ്സിലത്തെ ടീച്ചറെ വിടാൻ വയ്യ അവിടുത്തെ ബെഞ്ച് വിടാൻ വയ്യാന്നൊക്കെ പറഞ്ഞ ഭഗവാൻ പറയണത് ഒന്നും സാരമില്ല തിരിച്ചുപോയി ഒരു വർഷം പോലും കൂടെ ഒമ്പതാം ക്ലാസ്സിൽ ഇരുന്നിട്ട് വരൂ എന്ന് പറയണ പോലെ ഭഗവാന്റെ നിയമം അനുസരിച്ച് അവിടെ ഒക്കെ കാരുണ്യമാണ് ആരോടും വിരോധമൊന്നുമില്ല ഇവൻ ആസുരീവാസന ഉണ്ടെങ്കിൽ അതിന് നല്ലത് ബെസ്റ്റ് പ്ലേസ് ആസുരീവാസനയുള്ള മനുഷ്യനിൽ ഇന്നാൽ അവൻ ജയിലിലും അവിടെയും ഇവിടെ ഒക്കെ കിടക്കേണ്ടി വരും അത് മൃഗമായിട്ടിരുന്നാൽ ഈ കുഴപ്പമൊന്നുമില്ല ആ മൃഗത്തിനെ പിടിച്ച് ജയിലൊന്നും ഇടില്ലല്ലോ അതുകൊണ്ട് ഭഗവാൻ തീരുമാനിക്കുകയാണ് ഇവൻ വീണ്ടും കുറച്ചു കാലം അവിടെയൊക്കെ പോയിട്ട് ഇരിക്കട്ടെ മൃഗമായിട്ടും അസുരന്മാരുടെ ഇടയിൽ മീ വിൽ ഫീൽ കംഫർട്ടബിൾ ഡയർ ഭ്രാന്തൻ ഭ്രാന്ത് മാറണതിന് മുമ്പ് ഭ്രാന്താശുപത്രി പുറത്തു കൊണ്ടുവന്നാൽ അയാൾക്ക് സഹിക്കില്ല ഭ്രാന്തന്മാരുടെ അടുത്ത് ചിലപ്പോ നല്ല യോജിപ്പായിരിക്കുന്നതാണ് അങ്ങനെ ഒരു കഥ തന്നെയുണ്ട് ഭ്രാന്തായിട്ട് അയാളുടെ കൂട്ടുകാരൻ കാണാൻ പോവാണ് അപ്പയാള് പറഞ്ഞു ഞാൻ ഇപ്പൊ വളരെ സന്തുഷ്ടനാണ് പുറത്തുള്ള ആ മാഡ് വേൾഡ് ആ ഭ്രാന്ത ലോകത്തുനിന്ന് വിട്ടുവന്നത് കൂടെ എനിക്ക് സന്തോഷമായി അപ്പൊ ആസുരീഷു ഏവ യോനിഷു ഭഗവാൻ അവരെ ഞാൻ വീണ്ടും വീണ്ടും ഈ ആസുരി യോനികളിൽ തന്നെ പറഞ്ഞേക്കും എന്തിനാണെന്ന് വെച്ചാൽ അതൊരു പ്യൂരിഫൈങ് പ്രോസസ്സാണ് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെയും കുറ്റം പറയാനില്ല കേട്ടോ അസുരന്മാരെയും കുറ്റം പറയാനില്ല നെഗറ്റീവായിട്ട് ലോകത്തിലെ ഉള്ള ആളുകൾ നമ്മൾക്ക് അറിഞ്ഞാൽ മതി ആ ക്ലാസ്സിലാണ് അവരുടെ പ്യൂരിഫിക്കേഷൻ അവിടെയാണ് നടക്കേണ്ടത് അവരേതേത് യോനികൾ ജനിച്ചിരിക്കുന്നു എവിടെ എവിടെ ജനിച്ചിരിക്കുന്നു അവിടെ പെർഫെക്റ്റ് ആണോ അതുകൊണ്ടാണ് വർണ്ണസങ്കരം വരാൻ പാടില്ല എന്നൊക്കെ ഷടിച്ചത് എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ ഒരു ഒരു ചെറിയ ഒരു സോഴ്സിൽ നിങ്ങളെ വിട്ടിരിക്കുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഈ യാത്രാ മുതലായിട്ടുള്ളതുപോലും പ്രകൃതി തന്നിരിക്കുന്ന ശക്തി വെച്ചുകൊണ്ടേ യാത്ര ചെയ്യാൻ പാടുള്ളൂ നമ്മളിപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് നടന്നു പോവുക എന്നുവെച്ചാൽ പ്രകൃതി നിങ്ങൾക്ക് എത്ര കണ്ടൊരു വട്ടം ഇട്ടിട്ടുണ്ടോ ആ വട്ടത്തിനുള്ളിൽ നിങ്ങളുടെ മുക്തിയുടെ ബീജുണ്ട് അതറിഞ്ഞുകൊണ്ട് അവിടെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളും കിട്ടിയിട്ടുള്ള കുടുംബവും കിട്ടിയിട്ടുള്ള സംസ്കാരവുമാണ് നമുക്ക് എളുപ്പ വഴി അത് വിട്ട് നമ്മൾ ബുദ്ധി എന്ന് പറയുന്ന ഒരു കുലടയുടെ സഹായം സ്വീകരിച്ച് വേറെ വഴിക്ക് പോയാൽ കുഴപ്പണ്ടാവും അതുകൊണ്ട് ആസുരി യോനികളിൽ ഭഗവാൻ ഒരാളെ അയക്കുന്നത് പോലും നല്ലതാണെന്നാണ് അവിടെ അയാൾ ശുദ്ധമായിട്ട് വന്നോളൂ അതൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് അവിടെ ഇരുന്ന് ശുദ്ധമായി തെളിഞ്ഞു വന്നാൽ അയാൾക്ക് വീണ്ടും മേലെ വരുമ്പോൾ ഒരു സുഖം അപ്പോൾ അതിനുവേണ്ടി അവനെ അങ്ങടേക്ക് അയക്കാം അങ്ങനെ ആസുരീം യോനിമാ ൂഢാ ജന്മനി ജന്മനീ മാം അപ്രാപ്യവ കൗതേയാ തോയാം ഗതി ഒത്തിരി ഭയപ്പെടുത്താൻ വേണ്ടി കൃഷ്ണൻ പറയുകയാണ് അല്ല അതൊന്നുമില്ല ഒന്നും ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് ഈ ആസുരി യോനിയിൽ പോയാൽ ഉണ്ടല്ലോ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് പറയും ഇങ്ങനെ കുറുമ്പ് കാണിച്ചാൽ സ്കൂൾ ബോർഡിങ്ങിൽ കൊണ്ടാക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കില്ല അതിപ്പോ ക്രിസ്ത്യൻ സ്കൂളാണ് ക്രിസ്ത്യാനികളുടെ കൂടെ രാവിലെ വൈകുന്നേരം വരെ കഴിച്ചു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ് അവിടെ ബോർഡിങ്ങിലായ നമ്മൾ ഭക്ഷണമൊക്കെ ആലോചിച്ച് നമ്മൾ പേടിക്കും എന്ത് ഭക്ഷണം കിട്ടുമോ അതായിരുന്നു പേടിപ്പെടുത്തല്ല ബോർഡിങ്ങിൽ കൊണ്ടാക്കുന്നതാണ് അതുപോലെ ഭഗവാൻ ഇവിടെ പറയാണ് ക്രിസ് ക്രിസ്ത്യാനിറ്റിയിലുള്ളതാണിത് ഇറ്റേണൽ ഡാമിനേഷൻ നരകത്തിലേക്ക് കൊണ്ടാക്കും അവിടുന്ന് പിന്നെ പുറത്തേ വരാൻ പറ്റില്ല എന്നാണ് ആ നരകത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇടയിൽ മഹദ്വാചാര്യം പറഞ്ഞിട്ടുണ്ട് ഇറ്റേണൽ ഡാമിനേഷൻ ആണ് അതായത് ആ നരകത്തിൽ കൊണ്ടിട്ടാൽ പോയി കഴിഞ്ഞു കാര്യം ചിലപ്പോ തോന്നും അതൊക്കെ ആ വിദ്യ ഒക്കെയാണ് ഫലിക്കുക നമ്മളുടെ ആളുകളുടെ അടുത്ത് ഈ വേദാന്തം അദ്വൈതം ഞാനും എത്ര പേർക്ക് വേണം നരകം എഴുതിയിലിരുന്ന് എരിഞ്ഞിടുന്നു എണ്ണയിലിട്ട് പൊരിക്കും തീയിലിട്ട് ചുട്ടെടുക്കും സൂചി കൊണ്ട് കുത്തും എന്നൊക്കെ പറഞ്ഞാലാണ് ചിലപ്പോ ആളുകൾ ഒത്തിരിയൊക്കെ വിശ്വസിക്ക അപ്പോഴാണ് ഇത്തിരി ഒരു നമുക്ക് ആവോ അറിയില്ലല്ലോ ഇവിടുന്ന് പോയാൽ അപ്പൊ എന്തൊക്കെയാ അതുകൊണ്ട് ആ നരകഭീതി വന്നാൽ ചിലപ്പോൾ നന്നാവുമായിരിക്കും ആവോ അതൊക്കെയാണ് എന്തായാലും പഴയ കാലത്ത് പ്രയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഭഗവാനും പറഞ്ഞത് അതാണ് അവരെ ഞാൻ ആസുരി യോനിയിൽ കൊണ്ടുപോയി തള്ളിക്കളഞ്ഞാൽ അവിടുന്ന് ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും അവിടുന്ന് അധമാം ഗതി വീണ്ടും ഒരു ഡോർ തുറന്നു വിടും ചോട്ടിലേക്ക് വീഴും പിന്നെ പിന്നെ എടുത്തോണ്ട് വരാനേ പറ്റാത്ത അധമഗതിയിലേക്ക് പോകുമെന്നത് തോ യാന്തി അധമാം ഗതി ആസുരിയും യോനിയും ആപന്നാഹ അവിവേക്കിന ജന്മനി ജന്മിനി എത്രയോ ജന്മങ്ങളിലേക്ക് മോ ബഹുളാ സുയേവയോനിഷു ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന യോനികളില് പോയിട്ട് പലപ്പോഴും മഹാപുരുഷന്മാരുടെ അടുത്ത് വരുന്ന മൃഗങ്ങള് മറ്റുള്ളവരും നമുക്ക് കാണാം എന്തോ ഒരു ദുഃഖത്തോടുകൂടിയാവ അവരൊക്കെ ഏതോ യോഗഭ്രഷ്ടന്മാരാണ് നമ്മുടെ ഭഗവാന്റെ അടുത്ത് ഒരുപാട് അങ്ങനത്തെ കഥകളുണ്ട് കറുപ്പൻ എന്ന് പറഞ്ഞൊരു നായ ഉണ്ടായിരുന്നു ആ നായ മഹർഷിയെ കാണുന്നവരെ അതിനെ അറിഞ്ഞവര് പറഞ്ഞതാണ് ആഷിയെ കാണുന്നവരാ നായാം മുകളിൽ മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ താമസിക്കും വൈകുന്നേരായാൽ അഗ്രഹാരത്തിൽ പോയിട്ട് ഏതോ ഒരു വീട്ടില് ഉമ്മറത്തെ തിരിച്ചോറിട്ടുണ്ടാവും അത് തിന്നിട്ട് വന്ന് വീണ്ടും ആ ഗുഹയിൽ പോയി മറ്റു നായ്ക്കളുടെ കൂടെ സമ്പർക്കം എവിടെയും പോല ആ നായാം ഭഗവാനെ കണ്ടതോടുകൂടെ ഗുഹ ഉപേക്ഷിച്ചു പുറകെ നടക്കാൻ തുടങ്ങി മഹർഷി ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കുള്ളൂ ഒരുപാട് പേര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടത് ഇട്ട് കൊടുത്ത തൊടില്ല അതൊന്ന് ഒരു വറ്റ് ഭഗവാനെടുത്ത് വായിലിട്ട അപ്പോ ആർത്തി പിടിച്ച പോലെ തിന്നും ഒരു കാഷായ തുണി ഇട്ട് കൊടുത്ത് അതിന്റെ മേലെ ആ ഹാളില് ഒരു കാഷായ തുണി ഇട്ട് കൊടുത്ത് അതിന്റെ മേലെ ഇരുന്ന് മഹർഷിയെ നോക്കിക്കൊണ്ടിരിക്കും ഒരിക്കല് പുറത്തൊരു നായ വന്നു ഇത് കുറച്ചു അപ്പൊ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ കണ്ണ് തുറന്ന് നോക്കി അപ്പൊ ഭഗവാൻ പറഞ്ഞു കണ്ണു തുറക്കണ്ട കണ്ണു തുറന്നതുകൊണ്ടല്ലേ കണ്ണ് അടച്ചോളൂ അത് കണ്ടടച്ചു പക്ഷെ ആ ശബ്ദം കേട്ട് കണ്ണു തുറന്നവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ടായിരുന്നു നമ്മളല്ലേ ആളുകൾ ആരെ കണ്ടടച്ചു കണ്ണ് മൂട് ഏതൊക്കെ യോഗപ്രശ്നന്മാരാണ് അവര് അപൂർവ സ്മൃതി അവരുടെ ഉള്ളിൽ എവിടെയോ ഉള്ളതുകൊണ്ട് മൃഗയോനികളിൽ പോലും വളരെ ജാഗ്രതയായിട്ടിരിക്കും വിചിത്രാണ് സത്സംഗത്തിൽ ധാരാളം നമുക്കത് കാണാൻ പലപ്പോഴും പാലക്കാട് ഒരു സത്സംഗം നടക്കുമ്പോ ഭാഗവത് സപ്താഹം നടക്കുമ്പോ പാരായണ സമയത്ത് ഒരു പശു അമ്പലത്തിനുള്ളാണ് അതിന് കടക്കാൻ ബുദ്ധിമുട്ടാണ് രാവിലെ ആയ പുറകെ അമ്പലത്തിന്റെ പുറകെ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ പുറത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പശു രണ്ടു കാലം ഉള്ളില് വെച്ച് അതിനൊന്നും തിന്നാനോ ഒന്നുമല്ല പാരായണം കഴിയുന്നവരെ ആ മൂന്നര മണിക്കൂർ 4 മണിക്കൂർ രണ്ടു കാലും ഉള്ളിൽ വെച്ച് ബാക്കി രണ്ടു കാലും പുറത്തു വെച്ചങ്ങ നിക്കും അപ്പോഴേക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞവരെ അവിടെ ഉണ്ടാവും വേറെ ഒരാളും ഉണ്ടായിരുന്നു അതേ സപ്താഹത്തില് ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞില്ല ആളുകൾ പേടിക്കുന്നു പാമ്പ് അത് കഴിഞ്ഞിട്ട് ആളുകൾ എഴുന്നേപ്പിച്ചിട്ട് മൂപ്പര് പോയി ഈ പശു ഏഴു ദിവസവും യോഗഭ്രഷ്ടന്മാരാണ് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ വരൂ ഒന്നും പറയാൻ പറ്റില്ല എന്തോ കാരണവശാൽ ആ യോനിയിൽ പോയി ജനിച്ചതാണ് പക്ഷെ ഇതൊന്നും ആസുരി യോനിയല്ല ഇതൊക്കെ യോഗഭ്രംശം കാരണം ഏതോ ഒരു യോനി അത് യോഗഭ്രംശ യോഗഭ്രഷ്ടന്മാർ മഹാത്മാക്കളാണ് ചിലപ്പോഴൊക്കെ യോഗഭ്രഷ്ടന്മാർ അവതാരപുരുഷന്മാരായിട്ടൊക്കെ അറിയപ്പെടും കാരണം പത്താം ക്ലാസ്സിൽ നിന്ന് തോറ്റിട്ട് വന്ന ആള് ആറാം ക്ലാസ് വരുമ്പോൾ നല്ല വിദ്യാർത്ഥിയായിരിക്കുമല്ലോ അതുപോലെ മുകളിലുള്ള തലങ്ങളിൽ നിന്ന് അല്പം ചോട്ടിൽ വന്നവര് പലപ്പോഴും പ്രകാശിക്കും ജ്വലിക്കും അവര് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിപ്പോ യോഗഭ്രഷ്ടന്മാരുടെ കാര്യമില്ല അവിടെ ഭഗവാൻ പറയണത് ആസുരിവാസനകളെ വളർത്തി വീണുപോയവരുടെ കഥയാണോ പറഞ്ഞത് അവര് അധമാംഗതിം യാാന്തി അവര് ചോട്ടില് ചോട്ടൽ ചോട്ടൽ പോവുന്നതാണ് അതു പറഞ്ഞ ഈ ആസുരിവാസനകളെ സംഗ്രഹിച്ചു പറയാണ് ഈ ശ്ലോകം ത്രിവിധം നരകസേതം ദ്വരം നാശനമാത്മന കാമോധോഭേത് തീർപ്പ് കൽപ്പിക്കുകയാണ് ഭഗവാൻ ഈ അധ്യായത്തിലെ നരകത്തിന് മൂന്ന് ദ്വാരമുണ്ട് എന്നാണ് അറിയണമെങ്കിൽ മൂന്ന് ഗേറ്റ് ഉണ്ട് ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മന ഒരുത്തനെ പരിപൂർണമായി നശിപ്പിക്കാൻ ഈ മൂന്ന് മതി ത്രിവിധം നരകസ്യ ദ്വാരം യാരം പ്രവിശനേവ നശ്യതി ആത്മ കസ്മൈചിത് പുരുഷാർത്ഥായ യോഗ്യോ നർമ്മ അർത്ഥ കാമ മോക്ഷ നാല് പുരുഷാർത്ഥത്തിലും അയാൾ യോഗ്യനല്ലാതെ എടുത്തീരുന്ന ഈ പുരുഷാർത്ഥത്തിലുള്ള കാമം എന്ന് പറയുന്നത് ആഗ്രഹപൂർത്തിയല്ല ധർമാവിരുദ്ധോഭൂതേഷു കാമോസ്മി അപ്പൊ ത്രിവിധം നരകസ്യേതം ദ്വാരം നാശനമാത്മന എന്താ ഈ മൂന്നെണ്ണം എന്ന് വെച്ചാൽ ോധ തഥാ ലോഭ കാമം ക്രോധം ലോഭം കാമം ക്രോധം എന്ന് വെച്ചാൽ രാഗം ദ്വേഷം എന്നർത്ഥം തന്നെ നശിപ്പിക്കുന്ന വിഷയങ്ങളോട് അത്യധികമുള്ള ആസക്തി കാമം പല വസ്തുക്കളോടുള്ള ദ്വേഷം ഇത് വേണ്ട അത് വേണ്ട എന്നുള്ള ദ്വേഷം സുഖ ആസക്തി ദുഃഖ വൈമുഖ്യം ലോഭം എന്ന് വെച്ചാൽ കിട്ടിയതൊന്നും പോരാ ഇനിയും കിട്ടണം ഇനിയും കിട്ടണം എന്നുള്ള വിത്തത്തിലുള്ള ആഗ്രഹം ധനത്തിലുള്ള ആഗ്രഹം സമ്പത്തിലുള്ള ആഗ്രഹം കാമഹ ക്രോധ തഥാ ലോഭ ഈ മൂന്നിനെയും ഭഗവാൻ നരകത്തിനുള്ളിലേക്കുള്ള എൻട്രി ഡോർ എന്ന് പറഞ്ഞു തസ്മാത് ഗീതയിലിടക്കിടയ്ക്ക് കൃഷ്ണനുള്ള ഒരു സ്വഭാവമാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ ഈ വർത്തമാനം പറയുമ്പോ ചില കാര്യം ഇടക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും അതുപോലെ ഭഗവാൻ ഗീതയിൽ ധാരാളം പറഞ്ഞിട്ടുള്ള കാ വാക്കെന്താന്ന് വെച്ച തസ്മാ അതുകൊണ്ട് അതുകൊണ്ട് ചിലർക്ക് സ്വഭാവമുണ്ട് നീ പറഞ്ഞതുപോലെ എന്ന് പറയും ഇടക്കിടക്ക് എന്നിട്ട് നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ പറയും ഇടയ്ക്കിടയ്ക്ക് നീ പറഞ്ഞതുപോലെ നോ ഗീതയിൽ ഭഗവാൻ തസ്മാത് അതുകൊണ്ട് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ ദുഃഖത്തിനും അനർത്ഥത്തിനും മൂലകാരണമായിട്ട് ഇവകൾ ഉള്ളതുകൊണ്ട് ഈ അജ്ഞാനം എല്ലാ ദുഃഖത്തിനും മൂലകാരണമായതുകൊണ്ട് ആത്മ അജ്ഞാനം അവിദ്യ കഷ്ടതമമായതുകൊണ്ട് സർവാനർത്ഥ ബീജമായതുകൊണ്ട് ത്യജേത് അൺകോംപ്രമൈസിംഗ് ആണ് ഭഗവാൻ പറഞ്ഞത് വിട്ടുകളാണ് തസ്മാത്രയം ത്യജേത് ഉപേക്ഷിക്കും ഈ മൂന്നിനെയും ഉള്ളിൽ നിന്നും ഏതത്രയം തെജേത് എങ്ങനെ ത്യജിക്കും തസ്മാത് വിവർഘ്ണമോഹ ഭാഗവത്തിൽ വരേണ്ടത് ജ്ഞാനമെന്നുള്ള വാളുകൊണ്ട് ഈ വെളിവിഷയങ്ങളിൽ എന്തെങ്കിലുമുണ്ട് എന്നുള്ള ഭ്രമത്തിനെ വെട്ടി ഗുരുമുഖത്ത് നിന്നും ആത്മതത്വമറിഞ്ഞ് ആത്മവിചാരം കൊണ്ട് സ്വരൂപജ്ഞാനം നേടി ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെയല്ല നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ വസ്തുവാണ് ബ്രഹ്മമാണ് സച്ചിദാനന്ദമായ ബോധമാണ് ശാന്തിയെ സ്വരൂപമായി പൂർണ്ണ വസ്തുവാണ് സ്വേനരൂപേണ ആകാശകൽപ ആത്മാ ആകാശം പോലെ നിർമ്മലമായ ചിത്താണ് മേഘവും ഇരുട്ടും വെളിച്ചമൊക്കെ എങ്ങനെ ആകാശത്തിനെ സ്പർശിക്കുന്നില്ലയോ അതുപോലെ സുഖം ദുഃഖം കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ഒന്നു തന്നെ ഈ ശുദ്ധമായ പ്രജ്ഞയെ ബോധത്തിനെ ശാന്തിയെ ഇരിപ്പിനെ സത്തിനെ സ്പർശിക്കില്ല ആ തത്വമറിഞ്ഞ് അസ്പർശയോഗം സാധിച്ച് സ്പർശവിഹീനത്തെ സാധിച്ച് ലോകത്തിൽ വാഴാണ് വള്ളം വെള്ളത്തിൽ കിടക്കാം വെള്ളം വള്ളത്തിൽ കയറാതെ നോക്കിക്കൊള്ളാം ലോകത്തിലിരിക്കുക സംഘപ്പെടാതിരിക്കാം തത്വം അറിഞ്ഞിട്ട് ലോകത്തിലിരിക്കാം തത്വം അറിഞ്ഞിട്ട് ഭക്തി കൈക്കൊണ്ട് ലോകത്തിലിരിക്കാം തത്വം അറിഞ്ഞ് ജാത്വാ വിജ്ഞാനേന സഹിതം ജ്ഞാത്വ സ്വാത്മാന ബുദ്ധവ ജ്ഞാന വിജ്ഞാന സമ്പന്ന ഭജമാം ഭക്തിഭാവത ഭഗവാൻ ഉദ്ധവരോട് പറയുന്നതാണ് ഹേ ഉദ്ധവ ജ്ഞാനവിജ്ഞാന സമ്പന്നനായിട്ട് ജ്ഞാനം കൊണ്ട് ആത്മതത്വം വിചാരിച്ചറിഞ്ഞിട്ട് ജ്ഞാത്മാസ്വാത്മാനം ആത്മാവിനെ അറിഞ്ഞിട്ട് ജ്ഞാനവിജ്ഞാന സമ്പന്ന ജ്ഞാനവിജ്ഞാന സമ്പന്നനായിത്തീർന്ന ജ്ഞാനം ശാസ്ത്രജ്ഞാനം വിജ്ഞാനമോ അത് മനനം ചെയ്തുണ്ടാവുന്ന അനുഭൂതി സ്വാനുഭൂതി ആ സ്വാനുഭൂതിയോടുകൂടെ ഭജമാം ഭക്തിഭാവത ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് ഭക്തിഭാവത്തോടു കൂടെ അഭിമാനലേശമില്ലാതെ വ്യവഹാരമണ്ഡലത്തിൽ ഭക്തിഭാവത്തിനെ സ്വീകരിച്ചുകൊണ്ട് ആനന്ദമായി ലോകത്തിൽ വാഴാം ഇതാണ് ഗീതാശാസ്ത്രാർത്ഥ സംഗ്രഹം ഈ കാമം ക്രോധം ലോഭം മോഹം മതം ആത്സര്യം രാഗം ദ്വേഷമൊക്കെ ഉള്ളു വിട്ടുപോയാൽ അയാൾക്ക് പരമമായ ശ്രേയസ് ഉണ്ടാവും നോക്കൂ അടുത്ത ശ്ലോകം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഏതൈർവിമുക്ത കൗന്യാ തമോദ്വാരൈ ത്രിഭിർന്ന ആചരതി ആത്മനശ്രേയ തോയാം ഗതി ത്യാഗസ്തുതിയം ത്യാഗത്തിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസാനത്തെ ശ്ലോകം എന്താ ത്യാഗസ്തുതി ഏതൈർ വിമുക്ത ഈ തമോദ്വാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഈ ഇരുട്ടിലേക്ക് പോകുന്ന ഈ ഗേറ്റിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഹേ കൗന്തേയ ആത്മനഹ ശ്രേയ ആചരത്തി അവനവന് തന്നെ ഹിതം പരമമായ അവനവന് തന്നെ പരമമായ ശ്രേയസ്കരമായിട്ടുള്ളതിനെ ചെയ്യും മറ്റുള്ളവനെ ശ്രേയസ് ചെയ്യുന്നത് ധരിക്കട്ടെ ആദ്യം തനിക്ക് താൻ ശ്രേയസ് ചെയ്താൽ തന്നെ താൻ ഉദ്ധരിച്ചാൽ ലോകം മുഴുവൻ ഉദ്ധരിക്കപ്പെടും ആചരത്തി ആത്മനഹ ശ്രേയ ആ ആത്മാവിനെ അറിയാനുള്ള മാർഗം അറിഞ്ഞ് ആ ശ്രേയസ്കരമായ മാർഗത്തെ അവൻ ആചരിക്കുമ്പോ അപ്പോൾ അതുകൊണ്ട് പരാഗതി അവന് പരമപദപ്രാപ്തി ഉണ്ടാവും അവന് ജാനപ്രാപ്തി ഉണ്ടാവും അവന് ആത്മസാക്ഷാത്കാരം ഉണ്ടാവും അവന് പൂർണത്വം ഉണ്ടാവും ശാന്തി ഉണ്ടാവും ആനന്ദം ഉണ്ടാവും തോയാം ഹേ അർജുന അവന് പരഗതി ഉണ്ടാവും എതൈ തമസ നരക ദുഃഖമോഹാത്മകരാ കാ വിമുക്ത ആചരതി അനുതിഷതി കം പൂർവ്വം ആചാരത്തി ഇത്രയും കാലം എന്തുകൊണ്ടാണ് അയാൾക്ക് മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റാത്തത് ഈ മൂന്ന് തടസ്സവും ഇടയ്ക്കിടയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കും അതുകൊണ്ട് ഇയാൾ വിചാരിച്ച പോലെ ധർമ്മം ചെയ്യാനോ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കാനോ പറ്റില്ല ഇപ്പൊ ആ പ്രതിബന്ധങ്ങൾ വീണപ്പോ സ്വതന്ത്രനായി പ്രതിബന്ധക്ഷയുണ്ടായതും ഞാനുണ്ടായി വിഘ്നക്ഷയം എന്ന് പറഞ്ഞാൽ അതാണ് മോക്ഷത്തിന് യോഗത്തിന് പ്രതിബന്ധമായിട്ടിരിക്കുന്നത് നീങ്ങിക്കിട്ട ഗുരുവോ ശാസ്ത്രമോ ഭഗവത് കൃപയോ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിബന്ധത്തിന് നീക്കിത്തരാം ആ പ്രതിബന്ധം വിഘ്നം തടസ്സം നീങ്ങുമ്പോ സ്വതസിദ്ധമായ ആത്മാവിന്റെ വെളിച്ചം പ്രകാശം സ്വയമേവ അറിയപ്പെടും അതാണ് തദ്പമാത് ആചരതി തദാചരണത്ത് പരാം മോക്ഷം ഗതി യത ആസുരീസമ്പത് പരിവർജന ശ്രേയ ആചരണം കാരണം ഇത്രയും നടക്കണമെങ്കിൽ അതിനെന്താ ശാസ്ത്രമാണ് വഴി എന്നാണ് ഏതുശാസനം എന്നുപാസിതവ്യം ശ്രുതി തന്നെ ഇങ്ങനെ ഉപാസിക്കണം ഈ രീതിയിൽ ജീവിക്കണം സത്യം വത് ധർമ്മം ചര സ്വാധ്യായന്മാ പ്രമദ ശ്രുതിയുടെ ഏതത് അനുശാസനം അനുശാസനമാണെന്നാണ് അനുശാസിക്കുന്നതിന് പേരാണ് ശാസ്ത്രം ഇത് പ്രിയത്തോടുകൂടെ നിങ്ങൾക്ക് ഹിതം വേണം എന്നുള്ള ഭാവത്തോടുകൂടെ ശാസനാണെന്നാണ് ഏവുപാസിതവ്യം ഇങ്ങനെ തന്നെ ഉപാസിക്കണം സത്യമായിട്ട് ഉപാസിക്കണം ധർമ്മമായിട്ട് ഉപാസിക്കണം ശ്രേയസായിട്ട് ഉപാസിക്കണം മംഗളമായിട്ട് ഉപാസിക്കണം അങ്ങനെ ഉപാസിക്കാൻ കാരണം ശാസ്ത്രമാണ് ശങ്കരൻ അത് തന്നെ പിടിച്ചു എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഗ്രന്ഥം ഗീതയും ഉപനിഷത്തുമൊക്കെ ഗീതയോ ഉപനിഷത്തോ ആകാശത്തുനിന്ന് വീണതല്ല മഹർഷിമാരുടെ അനുഭൂതിയാണ് പക്ഷേ ആ മഹർഷിമാരുടെ അനുഭൂതിയെ ഒരു പ്രാമാണികമായ ഒന്ന് ഉണ്ടാക്കി വെച്ചു എന്തിനാന്ന് വെച്ചാൽ പുതിയതൊന്നും പറയാതിരിക്കാൻ വേണ്ടിട്ടുണ്ട് തോന്നിയ പോലെ വിളമ്പാതിരിക്കാൻ വേണ്ടിയിട്ട് പൂർണാനുഭവത്തിനെ പ്രമാണമാക്കി വെച്ചു അത്രയേ ഉള്ളൂ അതാണ് അതിന് സയൻസ് എന്നിട്ട് പറഞ്ഞു ഇവിടെ പറയാണ് ഇത് ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിനെ മുൻനിർത്തി കൊണ്ടുവേണം നിങ്ങൾ നടക്കാൻ തോന്നിയ പോലെയോ ആളുകൾ പറയുന്നത് കേട്ടിട്ടോ അല്ല ശാസ്ത്രം പ്രമാണം ഭഗവാൻ ഗീതയിലെ ഏറ്റവും പ്രധാന ശ്ലോകങ്ങളിൽ ഒന്നാണിത് നമ്മൾക്ക് എന്താണ് ജീവിതത്തിൽ ഒരു അതോറിറ്റി ഒരു പിടിവളി ശാസ്ത്രമാണ് ഗീതാശാസ്ത്രം ഉപനിഷത് ശാസ്ത്രം ഇത് പ്രമാണമാണ് അതിനെ അനുസരിച്ച് വേണം ജീവിക്കാൻ അതിനനുസരിച്ച് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എന്നാണ് കർമ്മങ്ങളൊക്കെ ശാസ്ത്രമനുസരിച്ച് ചെയ്യണം എന്ന് വെച്ചാൽ പല ആളുകളും ധരിക്കണത് കർമ്മകാണ്ട വേദഭാഗങ്ങളെക്കുറിച്ച് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് ചെയ്യണം അതൊക്കെ വാദങ്ങളുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവിടെ ശാസ്ത്രമനുസരിച്ച് കർമ്മം ചെയ്യണം എന്ന് പറയുന്നത് ആ കർമ്മങ്ങളല്ല നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കാമ്യമായി നിസ്സംഗമായി ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് ഗീത പറഞ്ഞു തന്നുണ്ട് കർമാകർമ്മ വികർമ്മേതി വേദവാദോ നലൗകിക വേദസ്യ ഈശ്വരാത്മത്വത്രയ കർമ്മം അകർമ്മം വികർമ്മം എന്ന് ഗീതയും പറഞ്ഞിട്ടുണ്ട് ഏതാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം നമ്മളുടെ സ്വഭാവവിഹിതമായ കർമ്മത്തിനെ എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ശാസ്ത്രമാണ് ഗീത ആ ഗീത പറഞ്ഞു രീതിയിൽ കർമ്മത്തിനെ ചെയ്താൽ ജീവൻ വിമുക്തനാകും അതാണ് അടുത്ത ശ്ലോകം നോക്കൂ യശാസ്ത്രവിധി മുത്സൃജ്യതോ ഗതി ഈ ശ്ലോകം ഞാൻ ഒരുപാട് വിചാരം ചെയ്തിട്ടുള്ളതാണ് എന്താന്ന് വെച്ചാൽ ഇതൊന്നിങ്ങനെ നിന്ന് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ഭഗവാൻ പറഞ്ഞത് വേദത്തിലുള്ള കർമ്മകാണ്ഡത്തിലുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യാതെ ശാസ്ത്രവിധിയെ വിട്ടിട്ട് ആര് അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കണോ അവൻ സിദ്ധനാവില്ല കാമത്തിനനുസരിച്ച് ചലിക്കുന്നത് കൊണ്ട് അവൻ സിദ്ധനാവില്ല എന്നാണ് സാധാരണ വ്യാഖ്യാനം ആ വ്യാഖ്യാനം തെറ്റല്ല ആ വ്യാഖ്യാനം ആ അനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ആ അനുഷ്ഠാനത്തിൻ്റെ പദ്ധതി പരമ്പരയിൽ വന്നിട്ടുള്ളവർക്കും അത് തികച്ചും അത് അർത്ഥം പക്ഷേ ഗീതാശാസ്ത്രത്തിൽ ഈ ശാസ്ത്രവിധി മുത്സൃജ്യ എന്നുള്ളതിനർത്ഥം അതല്ല ഗീതാശാസ്ത്രത്തിൽ ഭഗവാൻ പറഞ്ഞത് മുമ്പ് കർമ്മത്തിന്റെ സിദ്ധാന്തം മുഴുവൻ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു കർമ്മത്തിന്റെ തത്വം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെ കർമ്മം ചെയ്യണം കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവ് ആരാണ് അധിഷ്ഠാനം തഥാ കർത്ത കരണം പൃഥക്വിധം ദൈവം ചെയ്യാത്ര പഞ്ചം എന്ന അഞ്ച് ഹേതുക്കളെ കർമ്മത്തിന് പറഞ്ഞു അധിഷ്ഠാനം എന്ന് വെച്ചാൽ നമ്മൾ ജന്മനാ കൊണ്ടുവരുന്ന റിസോഴ്സാണ് അതിനെയൊക്കെ ചേർത്തിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ ദേഹം എന്ന് പറഞ്ഞത് അധിഷ്ഠാനം എന്നുള്ളത് ദേഹമാണ് സാധാരണ അധിഷ്ഠാനം എന്ന് വെച്ചാൽ ഉപനിഷത്തുകളിൽ ബ്രഹ്മം എന്നാണ് സബ്സ്ക്രട്ടം പക്ഷെ ഇവിടെ കർമ്മമാണ് വിഷയം കർമ്മവിഷയത്തിലാണ് ഇവിടെ അധിഷ്ഠാനം അല്ലാതെ അധിഷ്ഠാനം എന്നുള്ള ജനറൽ വേഡ് ആ ജനറൽ വേഡ് ഇപ്പോ അധിഷ്ഠാനം ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവാണ് എന്നുള്ള അർത്ഥം തെറ്റല്ല പക്ഷെ അങ്ങനെ എടുക്കുമ്പോ കരണമോ കർത്താവോ ഒന്നുമില്ല അവിടെ എപ്പോ അധിഷ്ഠാനം സ്വരൂപമാണോ അപ്പൊ അതിൽ കരണവും കർത്താവും ചേഷ്ടയും ഒക്കെ പോയി പോകും എപ്പോ അധിഷ്ഠാനം ബ്രഹ്മമാണെന്ന് ഒരാളെ അറിഞ്ഞു അതോടുകൂടെ കരണം കർത്ത ചേഷ്ട ഒക്കെ പോയി നിത്യശുദ്ധനായി അധിഷ്ഠാനം ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിലെ ദേഹമെന്നാണ് എന്തർത്ഥത്തിലാണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റിസോഴ്സാണ് ഓരോരുത്തരും ചരക്ക് കുറച്ച് കൊണ്ടുവന്നുണ്ടാവും ആ ചരക്കിനനുസരിച്ചാണ് അയാളുടെ പ്രവൃത്തി ആ ചരക്ക് ആ സഞ്ചിയിലുള്ളതേ അയാളെ കൊണ്ട് എടു എടുത്താൽ പൊങ്ങും അതിൽ കൂടുതൽ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ സഞ്ചിയിലില്ലാത്തത് അയാളുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ സാധിക്കില്ല അയാളെ സഞ്ചി കൊണ്ട് അയാളുടെ സഞ്ചിയുടെ പേരാണ് അധിഷ്ഠാനം ആ അധിഷ്ഠാനം തഥാ ആ കർത്താവായിട്ടുള്ള ജീവൻ ആ അധിഷ്ഠാനത്തിനനുസരിച്ച് ഇയാൾക്ക് ചിലപ്പോൾ കണ്ണു കാണും ചിലപ്പോൾ കണ്ണു കാണില്ല ചിലപ്പോൾ ചെവി കേൾക്കില്ല ചിലപ്പോ ശരീരത്തിന് ബലമുണ്ടാവും ചിലപ്പോ പാട്ടുപാടാനുള്ള കഴിവുണ്ടാവും ചിലപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ടാവും ചിലപ്പോ മോഷണമായിരിക്കും കല ഇതൊക്കെ ഈ അയാളുടെ കരണം അയാളുടെ പാഠവും ചേഷ്ട ഇതൊക്കെ ചെയ്താലും ഇയാൾക്ക് സക്സസ് ഉണ്ടാവണമെന്നുണ്ടല്ലോ പൂർവകർമ്മത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവും ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പരീക്ഷയിൽ തോൽക്കും അതെന്താണെന്ന് വെച്ചാൽ ദൈവം ചെയ്യാത്ത പഞ്ചമം അറിയാത്തൊരു ശക്തി വന്ന് ബാധിക്കും അതാണ് അഞ്ചാമത്തെ ഹേതു ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ അജ്ഞാനികൾക്കാണെന്നാണ് അവിടെ തെളിവാണ് ഭാഷക്കാരൻ ഒരു സംശയമില്ല ഇതൊക്കെ അജ്ഞാനികൾക്കാണ് ജ്ഞാനിക്ക് അധിഷ്ഠാനം ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞവന് സ്വരൂപം ശരീരമോ മനസ്സോ അല്ല ശരീരത്തിലല്ല ഞാൻ ഇരിക്കുന്നത് ബ്രഹ്മത്തിലാണ് തന്റെ സ്വരൂപം ബ്രഹ്മമാണെന്ന് അറിഞ്ഞവന് അധിഷ്ഠാനാദി പഞ്ചഹേതു നിരാകരണമേവ് അവിടെ അധിഷ്ഠാനാദി അഞ്ജണവുമില്ല അവൻ സ്വതന്ത്രനാണ് കർമ്മണി അകർമ്മയ പശേത് അകർമ്മണിച്ച കർമ്മയ സബുദ്ധിമാൻ മനുഷ്യേഷു ബുദ്ധിമാൻ ആരാണ് കർമ്മം ചെയ്യുന്നവൻ എവനാണ് കർമ്മത്തിൽ സംഘമില്ലാതെ കർമ്മത്തിന് ബന്ധം കൂടാതെ ഒക്കെ കയറ്റിക്കളഞ്ഞു പോവാൻ തയ്യാറായിട്ടുള്ളവൻ ആരാണ് ഒക്കെ ഭഗവാൻ വൃത്തിയായിട്ട് പറഞ്ഞു ഈ തത്വം അറിഞ്ഞ് ഇതാണ് ശാസ്ത്രവിധി ഇതറിഞ്ഞ് അവൻ കർമ്മം ചെയ്യുമ്പോ അവന്റെ കാമത്തിനനുസരിച്ചുള്ള ചേഷ്ടയല്ല അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ അധിഷ്ഠാനം ഉണ്ടല്ലോ സോഴ്സ് ഉണ്ടല്ലോ ശരീരത്തിലുള്ള വാസനാദികൾ ഉണ്ടല്ലോ അതിനെ ഏത് രീതിയിൽ ജീവിച്ചാലാണോ തീർത്തുകളയാൻ പറ്റുക വിമുക്തമാവാൻ പറ്റുക അതിനനുസരിച്ച് ശാസ്ത്രവിധിക്കനുസരിച്ച് ഇവൻ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല കാമനയോടുകൂടെ കർമ്മം ചെയ്യുന്നില്ല കർത്തൃത്വത്തോടു കൂടെ കർമ്മം ചെയ്യുന്നില്ല വേണ്ട വിധത്തിൽ കർമ്മത്തിനെ പരിഭാഗപ്പെടുത്തിയെടുത്ത് കർമ്മദോഷം നിവൃത്തമാക്കണം ആ കർമ്മദോഷം നിവൃത്തമാക്കാൻ ഇവന് വഴി കാണിക്കുന്നതാണ് ശാസ്ത്രം ആ ശാസ്ത്രത്തിനെ ആശ്രയിക്കാതെ ഇവൻ ഞാൻ കർത്താവാണെന്ന് അഭിമാനിച്ചുകൊണ്ട് തോന്നിയ പോലെ ചെയ്താൽ നസസി ഇതാണ് ഭാഗവതധർമ്മം ഭാഗവതധർമ്മം കർമ്മവിധിയാണ് ഭാഗവതത്തില് എന്താ ഭാഗവതധർമ്മം ചോദിക്കുമ്പോ കായി വാച മനസ്സേന്ദ്രിയേർവ ബുദ്ധിയാത്മാനാവ പ്രകൃതിയെ സ്വഭാവാത് ആ പ്രകൃതിയെ സ്വഭാവാത്ത് ഉണ്ടല്ലോ അതാണ് അധിഷ്ഠാനം കൊണ്ടുവന്നിരിക്കുകയാണ് ഉള്ളിൽ വാസന ഇയാൾക്ക് എന്നെ അറിയില്ല എന്തൊക്കെ ഉണ്ട് അതിനകത്ത് കരോമി യദ്യ ഞാൻ എന്തൊക്കെ പറയുമോ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ തന്നെ നാരായണായെത്തി സമർപ്പയാമി ആ സർവേശ്വരൻ അന്തറിയാമിയായിട്ടുള്ള ഭഗവാൻ സർവശക്തനായ ആ സർവജ്ഞനായ വിശേഷമായും സാമാന്യമായും എല്ലാം അറിയുന്ന ആ ശക്തിക്ക് തന്നെ അർപ്പണം ചെയ്തിട്ട് ജീവിക്കുകയാണ് യന്ത്രമായിട്ട് ഭഗവാന്റെ കയ്യിൽ അതാണ് ഭാഗവതധർമ്മ സംഗ്രഹം അങ്ങനെ തന്നെ ഭഗവാന് വിട്ടുകൊടുത്ത് കർമ്മദോഷങ്ങൾ നിവൃത്തമായി ചിത്തശുദ്ധി നേടി ആത്മജ്ഞാനത്തിന് പരിഭാഗപ്പെടണം അങ്ങനെ അല്ലാതെ തോന്നിയ പോലെ ജീവിച്ചാൽ ന സസിദ്ധി ന ചിത്തശുദ്ധിമവാപ്പുനോത്തി അയാൾക്ക് ചിത്തശുദ്ധി ഉണ്ടാവില്ല ന സുഖം പാരമാർത്ഥികമായ ആത്മജ്ഞാനവും ഉണ്ടാവില്ല ജീവൻ മുക്തിയും ഉണ്ടാവില്ല ന സുഖം നരാംഗതി അതുകൊണ്ട് അർജുന നോക്കൂ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു തസ്മാ പൂർത്തിയാക്ക അതുകൊണ്ട് അർജുന നോക്കൂ തസ്മാത്രം പ്രമാണം തേ കാര്യാവസ്ഥ ജ്ഞാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി തസ്മാ അതുകൊണ്ട് ശാസ്ത്രം പ്രമാണം ശാസ്ത്രമാണ് നിനക്ക് പ്രമാണം ശാസ്ത്രം എന്ത് പറയുന്നു ആ തത്വം അറിഞ്ഞുകൊണ്ടുവേണം നീ പ്രവർത്തിക്കാൻ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം ശാസ്ത്രവിധികളിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം കർമ്മം അനുഷ്ഠിക്കാനായിട്ട് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കർമ്മകർത്തുമിഹാർ രഹസി അങ്ങനെയാണ് നീ ശാത്വാശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാ രഹസി കാര്യകാര്യം എങ്ങനെ കർമ്മം ചെയ്യണം എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നീ വിമുക്തനാകും തത്വജ്ഞാനിയാകും എന്നുള്ളതാണ് പാരമാർത്ഥികമായ ശാസനം ഇതാണ് ഈ അധ്യായത്തിലെ അവസാന ശ്ലോകം അടുത്ത അധ്യായത്തിന് ഒരു മുന്നോടിയാണ് ഇങ്ങനെ ശാസ്ത്രവിധാനോക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ നിർത്താണ് നമ്മൾക്കും ഈ ഗീതാശാസ്ത്രത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം ഗീതയെ ആശ്രയിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നു ഏകം ശാസ്ത്രം ദേവകീപുത്ര ആ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് തന്നിട്ടുള്ള ഈ ശാസ്ത്രം വേദാർത്ഥ സാര സംഗ്രഹഭൂതമെന്ന് ആചാര്യസ്വാമികളും വിശേഷിപ്പിച്ചു അതുകൊണ്ട് ഗീത പഠിച്ച ആള് പിന്നെ എനിക്ക് വേദം അറിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട വേദം പഠിച്ചവന് വേദം അറിയുന്നു വിചാരിക്കാനും പറ്റില്ല അപ്പോൾ നമുക്ക് വേദം പഠിച്ചാൽ ഇപ്പൊ ശബ്ദവിധേയവൻ അതു അർത്ഥ ശബ്ദം മാത്രമേ അറിയുള്ളൂ നമുക്ക് പക്ഷേ ഗീതയെ അർത്ഥാനുസന്ധാനത്തോടുകൂടെ പഠിച്ചാൽ വേദാധ്യയനത്തിന് സൗകര്യമുള്ളവർ വേദാധ്യയനമൊക്കെ ചെയ്യട്ടെ അല്ലാത്തവർക്ക് ഈ ഗീതാധ്യയനം എന്നുള്ള പരമ്പര എല്ലാ വീടുകളിലും ഉണ്ടാവണം കുട്ടികൾക്ക് ഗീത കുറച്ച് ശ്ലോകങ്ങളെങ്കിലും ഇപ്പോ ചിൻമെഷനിലും അവിടെയൊക്കെ സ്കൂളുകളിലൊക്കെ ഗീതാ ശ്ലോകം പഠിപ്പിക്കുന്നുണ്ട് ശ്ലോകം പഠിക്കുന്നുണ്ട് ശ്ലോകം പഠിക്കുന്നത് കുട്ടികൾക്ക് വലിയൊരു ആലംബാണ് സഹായമാണ് ജീവിതത്തില് ആ ശ്ലോകം പഠിക്കണത് ആദ്യം കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എങ്കിലും നല്ല സിംപിൾ ആയിട്ടുള്ള വ്യാഖ്യാനം വാങ്ങിവെച്ച് ഒരുപാടൊന്നും വ്യാഖ്യാനം പോലും വേണമെന്നില്ല ആ ശ്ലോകം അർത്ഥം കുട്ടികൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോന്നുള്ളതും പ്രധാനമല്ല ദിവസം വിളക്ക് കൊളുത്തി കുറച്ച് ശ്ലോകം വായിക്കുക അതിന് അർത്ഥം വായിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് വെക്കണം അങ്ങനെ ഗീതാ സ്വാധ്യായം എല്ലാ ഗൃഹത്തിലും വേണ്ടതാണ് ചെറിയ പുസ്തകമാണ് വലിയ പുസ്തകമൊന്നുമല്ല അതുകൊണ്ട് ഒരുപാടൊന്നുമില്ല അതിൽ കർമ്മുണ്ട് ജ്ഞാനുണ്ട് ഭക്തിയുണ്ട് ധർമ്മമുണ്ട് എല്ലാം ഉണ്ട് സമഗ്രമാണ് എഴുന്നൂറ് ശ്ലോകം ഭഗവാൻ തന്നെ പറഞ്ഞു പ്രമാണശാസ്ത്രമാണെന്ന് പറഞ്ഞു വേദമാണെന്ന് ഭാഷ്യകാരൻ പറഞ്ഞു സമസ്തവേദാർത്ഥ സാരസംഗ്രഹഭൂതമാണെന്ന് ഭാഷ്യക്കാരൻ പറഞ്ഞു ഇനിയൊന്നും നമുക്ക് അറിയാനില്ല അതുകൊണ്ട് ഈ ഗീതാശ്ല ഗ്രന്ഥം ഓരോ വീട്ടിലും വെച്ച് എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ഭഗവത്ഗീതയുണ്ട് ഗീത ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അത് അധ്യയനം ചെയ്യണം റിട്ടയർ ആയിക്കഴിഞ്ഞാൽ ദിവസവും ഗീത മുഴുവൻ ചൊല്ലി തീർക്കുക എന്നൊരു അനുഷ്ഠാനം ഒരു ജോലിയും ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ദിവസം ഗീത മുഴുവൻ ചൊല്ലി തീർക്കുക ഒരു രണ്ടു മണിക്കൂറെ വേണ്ടൂ രണ്ടു മൂന്ന് സെഷനായിട്ട് വെച്ചാൽ പോലും മതി പാരായണം ചെയ്യാം അതിനകത്ത് വാങ്മയി മൂർത്തി അത് ഭഗവാന്റെ വാങ്മയി മൂർത്തിയാണ് ശബ്ദബ്രഹ്മമാണത് അതിൽ നമുക്ക് വേണ്ടതൊക്കെ പഠിച്ചു തീരാത്ത പുസ്തകമാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കാം അനുസന്ധാനം ചെയ്തുകൊണ്ടേയിരിക്കാം എപ്പോ എന്ത് വേണോ അത് നമ്മളുടെ മുമ്പിൽ അപ്പൊ കാണും എപ്പൊ എന്ത് വഴി കാട്ടണമോ ആ വഴി കാട്ടും ഗാന്ധിജി പറഞ്ഞു എന്റെ അമ്മയാണെന്ന് തോന്നുന്നു പെറ്റ അമ്മയെക്കാളും വലിയ അമ്മയാണെന്ന് തോന്നുന്നു ഗാന്ധിജി എപ്പം എനിക്ക് വേണോ അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പോയിരിക്കും എപ്പോ എന്റെ മനസ്സിന് വിഷമമുണ്ടോ എപ്പോ എനിക്ക് വേദനയുണ്ടോ വഴിയറിയാതെ ഞാൻ മുട്ടിനിക്കുന്നു അപ്പൊ എനിക്കൊരു അമ്മയുണ്ട് ആ അമ്മയുടെ അടുത്ത് ഞാൻ പോയിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചു ഗീത ദിവസം പഠിക്കണോന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞു എപ്പോഴും എപ്പോഴും ആ ഗീതാധീനം എല്ലാ ഗൃഹത്തിലും നടക്കട്ടെ ആ ഗീതാ മാതാവ് ആചാര്യസ്വാമികൾ പറഞ്ഞു ഗേയം ഗീതാ നാമ സഹസ്രം ശ്രീപതിരൂപമചസ്രം നേ സജ്ജനസങ്കേ ചിത്തം ദീനജനായ ച വിത്തം ഭഗവത് ഭഗവതി ഗീതാരൂപിണിയായ ഭഗവതി നമ്മളുടെ ഓരോരുത്തരുടെ വീട്ടിലുണ്ടെങ്കിൽ ഗീതാപാരായണ ഉണ്ടെങ്കിൽ സർവമംഗളവും ശ്രേയസ്സുണ്ടാവും ശാന്തി ഉണ്ടാവും ആനന്ദം ഉണ്ടാവും ജ്ഞാനമുണ്ടാവും അതിന് ആ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മഹാമന്ത്രധ്വനി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഓരോ വർഷവും ഭഗവത്ഗീതയോ ഭാഗവതമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കണത് ആ ഗുരുദേവന്റെ മഹാസങ്കൽപ്പം ഇവിടെ ഇതൊക്കെ നടക്കണം എന്ന സങ്കൽപ്പത്തിൻ്റെ ബലത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കത്തുകളൊക്കെ കണ്ടാൽ അറിയാം ഭക്തന്മാരെ എങ്ങനെയെങ്കിലുമൊക്കെ നാമം ജവിക്കണം ഭക്തന്മാരെങ്ങനെയൊക്കെ ഭക്തിമാർഗത്തിൽ പോകണം ആ കൃപ കാരുണ്യം ഒരു ഗുരുവായിട്ട് അനുശാസിക്കല്ല ചെയ്യണത് കത്തുകളിലൊക്കെ നോക്കിയാൽ അഭേദൻ നിങ്ങളുടെ ദാസനാണ് നിങ്ങളോട് യാചിക്കയാണ് നിങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത് മനസ്സിനെ വയ്ക്കണം ഭഗവാന്റെ അടുത്ത് ഭക്തി വയ്ക്കണം നാമം ജപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കത്തുകളൊക്കെ നോക്കിയാൽ കാണാം ആ പരമഭാഗവത ഹൃദയം ആ കൃപ ആ കാരുണ്യം ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ലോകത്തിന് മംഗളം വരണം എന്ന് ഒരു ഹൃദയം ആശിക്കണമെങ്കിൽ ഒരു മനുഷ്യ ഹൃദയത്തിന് പറ്റില്ല ഈശ്വരനെ പറ്റുള്ളൂ ഈശ്വരനാണ് ഹൃദയത്തിൽ ഇരുന്ന് ആശിക്കുന്നത് ആ മഹാസങ്കല്പാണ് നമ്മളൊക്കെ ഇവിടെ കൂടിയിരുന്ന് ഗീത പറഞ്ഞതും കേൾക്കണതും വീണ്ടും ഈ മഹായജ്ഞം തുടർന്ന് നടന്ന എല്ലാവർക്കും ശ്രേയസിന് ഓരോ ദിവസവും സത്സംഗം കഴിഞ്ഞ് കയറുമ്പോഴൊക്കെ തന്നെ സെക്രട്ടറി വന്നിട്ട് പറയും സാമീത്ത മുടക്കരുത് ഈ സത്സംഗം നടക്കണം നടക്കണം കണ്ണീര് വിട്ടുകൊണ്ട് പറയും അത്ര കണ്ട് ഗുരുദേവന്റെ സ്വാധീനം അവരുടെ മേലുണ്ട് അല്ലെങ്കിൽ ആരി ഇങ്ങനെയൊന്നും ആശിക്കില്ല ഇതിങ്ങനെ തുടർന്ന് നടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ കൃപ ഉണ്ടാവട്ടെ നടക്ക സർവത്ര ണം ഹരണമ പാർവതീ പതേ ഫാളാവലമൃത്കിരീടം ഫാളനിദ്രാക്ഷിഷാദഗ്ധപഞ്ചു കീടം ശൂലാഹതാരാതികൂട്ട ശുദ്ധമർദ്ധേന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവംഭോ മഹാദേവദിരാജത് ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാം ഓടീകുരംഗം സിദ്ധസംസേവിതൃ്രിം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദ ശംഭോ ശംഭോ മഹാദേവദർപ്പഘ്നമീശം കാളകന്ഠം മഹേശം മഹാവ്യോമേശം ദന്തം സുരേശം കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ ശംഭോ മഹാദേവദ മന്ദാരഭൂരുദാരം മന്ദഗേന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു മഹാദേവ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവദേവേ സുഖിന് സന്തു േ സു നിരാമയാഹം സേ ഭദ്രാണി പശ്യു മാ കിത് ദുഃഖഭവേത് ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കഷ്ണ കഷ്ണ ഹേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഇവിടെ ഈ ഏഴു ദിവസമായിട്ട് നടന്ന ഗീതായജ്ഞമം രാവിലെ നടന്ന ഉള്ളത് നമ്മളിവിടെ ഇന്ന് ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പതിവായിട്ട് കൊടുക്കണ പോലെ പ്രസാദം കൊടുക്കും തിരക്ക് വേണ്ട ആദ്യ ആദ്യം ഉള്ളവർ വന്നിട്ട് എഴുന്നേറ്റങ്ങോട് വാങ്ങിച്ചു പോയാൽ ബാക്കിയുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും വളരെ പെട്ടെന്ന് കഴിയും ബാക്കിയുള്ളവർക്ക് അവിടെ അവിടെ തന്നെ ഇരിക്കുക വെറുതെ എഴുന്നേറ്റ് നിന്ന് ബുദ്ധിമുട്ടേണ്ട മുമ്പിലുള്ളവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പുറത്തുപോയാ തിരക്കൊഴിയും ഇവിടെ അതുകൊണ്ട് പ്രസാദം അവിടെ എന്തോ തയ്യാറാക്കിയിട്ടുണ്ട് ആ പ്രസാദം വാങ്ങിച്ചുകൊണ്ട് പോവാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദെ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലെ പ്രഭാതവും വൈകുന്നേരവും ഈ സന്നിധി